ിയോടുകൂടെ ഉള്ള ജീവിതം അതിനെ ഭഗവാൻ അശോച്യാനന്വശോചസ്വം എന്ന് തൊട്ടു തുടങ്ങി സുഖദുഃഖിയെ സമീകൃത്ത ലാഭാലാഭോ ജയാജയോ തഥോയുദ്ധായുധ്യസ്വ നൈവം പാപമവാപ്യസി എന്ന ശ്ലോകം വരെ സാഖ്യബുദ്ധിയെ പറഞ്ഞു അതായത് ശുദ്ധമായ ജ്ഞാനത്തിനെ പറഞ്ഞു ജ്ഞാനത്തിൻ്റെ സ്വരൂപം പറഞ്ഞു ആത്മാ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം അത് നിത്യമാണ് അതിൽ അതല്ലാതെ ഒരു പൊരുൾ ഇല്ലാത്തതുകൊണ്ട് അതീവ ശുദ്ധമാണ് അതിനെ അറിയുന്നതോടുകൂടെ ജ്ഞാനം പൂർണ്ണമാവുന്നത് കൊണ്ട് അത് ബുദ്ധമാണ് യാതൊരു ബന്ധവും അതിനില്ലാത്തതുകൊണ്ട് കാലം കൊണ്ടോ ദേശം കൊണ്ടോ ബന്ധിക്കപ്പെടാത്തതുകൊണ്ട് അത് മുക്തമാണ് നിത്യശുദ്ധമാണ് നിത്യബുദ്ധമാണ് നിത്യമുക്തമാണ് അതിന്റെ സ്വരൂപം വർണ്ണിച്ചു ഇതറിഞ്ഞ് സുഖദുഃഖിയെ സമയകൃത്വാം സുഖവും ദുഃഖവും സമമായിട്ട് എന്ന് വെച്ചാൽ രണ്ടും മാനസികമായ അനുഭവങ്ങളാണ് സുഖവും മാനസികമാണ് ദുഃഖവും മാനസികമാണ് മനസ്സിനെ കടന്നുപോയ ആൾക്ക് പിന്നെ മാനസിക അനുഭവങ്ങൾ അത്ര കണ്ടു ബാധിക്കില്ല മനസ്സ് ശരീരം മനസ്സ് ഇത് രണ്ടും ഞാനല്ല ഞാൻ ഇതിന് സാക്ഷിയായിട്ടുള്ള പ്രജ്ഞ ജ്ഞപ്തി ആണ് ഇത് തെളിഞ്ഞു കഴിയുമ്പോ ചിത്തത്തിലുള്ള വൃത്തികളൊന്നും തന്നെ ബാധിക്കണില്ല സ്വപ്നത്തിലുള്ള ദുഃഖം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എങ്ങനെ ബാധിക്കണില്ലയോ അതുപോലെ ലോകത്തിലുള്ള ദുഃഖം സാംസാരികമായിട്ടുള്ള ദുഃഖം ജ്ഞാനം ഉണ്ടാവുമ്പോ പ്രത്യഭിജ്ഞ ഉണ്ടാവുമ്പോ ഉറക്കത്തിന്ന് എഴുന്നേറ്റവന് സ്വപ്നത്തിലുള്ള ദുഃഖം ബാധിക്കാത്തതുപോലെ മാനസികമായ സുഖമോ ദുഃഖമോ അയാളെ സ്പർശിക്കില്ല അതൊക്കെ പുറമേക്ക് ഉണ്ടാവും പുറമേക്ക് അതുകൊണ്ടൊന്നും മാറിക്കിട്ടില്ല കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറമേക്ക് ഉണ്ടെങ്കിലും അതൊന്നും ബാധിക്കാതെ സുഖം ദുഃഖം സമമായിട്ട് സമം എന്നുള്ളത് ചിത്തത്തിലാണ് സുഖം ദുഃഖം ബാഹ്യ ലോകത്തിലും അതൊന്നും ചലിപ്പിക്കാതെ സമഭാവത്തോടുകൂടെ ലാഭമാവട്ടെ നഷ്ടമാവട്ടെ ജയമാവട്ടെ പരാജയമാവട്ടെ ഇതിലൊക്കെ സമസ്ഥിതിയോടുകൂടെ യുദ്ധമായ യുദ്ധസ്വ യുദ്ധത്തിനായിക്കൊണ്ട് തയ്യാറാവൂ കർമ്മം ചെയ്യാൻ തയ്യാറാവൂ നൈവം പാപമവാസി ഒരു പാപവും തന്നെ സ്പർശിക്കില്ല പാപംന്ന് വെച്ചാൽ കളങ്കം കർത്തൃത്വ ബുദ്ധി ഞാൻ ചെയ്യണോ എന്നുള്ള ഭാവം ഇത് സ്പർശിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ ഏഷാത്തെ അഭിഹിത സാങ്കേ ബുദ്ധി ഹി യോഗു ഇമാംശ്രിണു ഇന്നലത്തെ ചുരുക്കമാണ് പറയണത് ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും നേരം സാങ്ക്യബുദ്ധിയെ പറഞ്ഞു ഇനി യോഗബുദ്ധിയെ പറയാം കേട്ടുകൊള്ള അതിനെ പ്രായോഗികമാക്കാനുള്ള വഴി നമ്മളുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ഓരോ ദിവസവും ഉള്ള ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ഈ സത്യത്തിനെ അനുഭവിക്കാനുള്ള വഴി പറഞ്ഞുതരാം കേട്ടോളൂ യോഗേ ത്വിമാംശം ആ യോഗബുദ്ധി അറിഞ്ഞാൽ എന്താ പ്രയോജനം ബുദ്ധിയായുക്തോ യയാപാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി നമ്മൾ ആദ്യമേ കണ്ടു ഇന്നലെ നമ്മൾ വ്യക്തമായിട്ട് കണ്ടു കർമ്മം നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യുന്നു കർമ്മം നമ്മളെ എങ്ങനെ പിടിക്കണമെന്നുള്ളത് നമ്മൾ കണ്ടു കർമ്മത്തിന്റെ പിടി കർമ്മം നമ്മളെ പിടിക്കും ആദ്യം നമ്മൾ കർമ്മത്തിനെ പിടിക്കും പിന്നെ കർമ്മം നമ്മളെ പിടിക്കും ആദ്യം നമ്മൾ കർമ്മം ആരംഭിക്കും പിന്നെ കർമ്മം അതിന്റേതായ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്ത് നമ്മളെ പിടിച്ചോളൂ അപ്പൊ ആ കർമ്മത്തിന്റെ ബന്ധം അതിനെങ്ങനെ മുറിച്ചുകളയാം അതിനാണ് യോഗബുദ്ധി പറയുന്നത് ഈ യോഗബുദ്ധി ശരിക്കു കിട്ടിയാൽ കർമ്മത്തിന്റെ ബന്ധം അതായത് കർമ്മം കൊണ്ട് ഉണ്ടാവുന്ന കളങ്കം മുഴുവൻ ഉള്ളെന്ന് അറ്റുപോകും കർമ്മം കൊണ്ട് എന്തൊക്കെ കളങ്കം ഉള്ളിലേൽക്കുമോ കർമ്മം കൊണ്ട് രാഗം ദ്വേഷം കർത്തൃത്വം ഭോക്തൃത്വം ഇതാണ് മുഖ്യമായിട്ടുള്ള നാല് കളങ്കം അറ്റാച്ച്മെന്റ് അവേർഷൻ ഡൂവർഷിപ്പ് എൻജോയർഷിപ്പ് ഈ നാലാണ്ടമാണ് കർമ്മത്തിന്റെ കളങ്കം ഇത് ഇല്ലാതെ കർമ്മം ചെയ്യാൻ പറ്റുക അതുകൊണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കർമ്മമണ്ഡലത്തില് പ്രവർത്തിക്കുന്നവൻ ഈ നാലും കണ്ടു പേടിക്കും ഇയാൾക്ക് വിവേകം ഉദിക്കുമ്പോ അയാൾ മനസ്സിലാക്കുന്നു കർമ്മം തന്നെ വല്ലാതെ ഉപദ്രവിക്കണമെന്ന് അല്ലെങ്കിൽ ലോകത്തിലെ സാധാരണ ഉള്ള ആളുകൾ കർമ്മത്തിനെ വളരെയധികം സ്നേഹിക്കണവരാണ് അതുകൊണ്ടാണ് ഗീതയിൽ പോലും കർമ്മമാണ് പറഞ്ഞിരിക്കണത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഗീത വ്യാഖ്യാനം തെറ്റിപ്പോയി എന്നുള്ള അഭിപ്രായക്കാരുണ്ട് കപിലൻ തിലകനൊക്കെ അതാണ് കർമ്മരഹസ്യം എന്ന് പറഞ്ഞത് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ വേണ്ടില്ല കർമ്മം ചെയ്യലാണ് ഗീതയുടെ മുഖ്യ സന്ദേശം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ തന്നെ തെറ്റിപ്പോകും നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ചതി എന്ന് ഭഗവാൻ അവസാന വാക്കായിട്ട് പറയുന്നു നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് വെച്ചാൽ കർമ്മമൊക്കെ നമ്മൾ വിട്ടുപോയ അവസ്ഥ പക്ഷേ ഇത് ലക്ഷ്യം മാർഗത്തിൽ കർമ്മം ഈ ജീവനെ വല്ലാതെ പിടിച്ചിരിക്കുന്നു എന്ന് കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ട് വിവേകം ഉണ്ടാവുമ്പോ മനുഷ്യന്റെ ഉള്ളിൽ വിവേകം ഉദിക്കുമ്പോ അയാൾ കാണുന്നു താൻ പ്രവർത്തിച്ചാൽ കുടുങ്ങിപ്പോകും എന്നും കാണുന്നു അതാണ് അർജുനന്റെ അവസ്ഥ അർജുന വിഷാദയോഗം ഉണ്ടല്ലോ അർജുന വിഷാദയോഗം എന്താന്ന് വെച്ചാൽ അർജുനന് വിവേക ഉദിച്ചു വിവേകം ഉദിച്ചപ്പോ അർജുനൻ കണ്ടു താൻ പ്രവർത്തിച്ചാൽ കുടുങ്ങി പോകും എന്ന് കണ്ടു എന്താന്ന് വച്ചാൽ മുത്തച്ഛൻ വലിയച്ഛൻ എല്ലാരോടും വെറുപ്പ് തനിക്ക് ഉണ്ടാവുന്നു ഈ കർമ്മം കൊണ്ട് തനിക്ക് ഭയങ്കരമായ പാപമുണ്ടാവും തന്റെ ഉള്ളിൽ വാസന തന്നെ ബാധിക്കും തന്നെ വിഷമിപ്പിക്കും ജീവിതം മുഴുവൻ ഇത് ആലോചിച്ച് താൻ ദുഃഖിക്കും എന്നറിയാം അർജുനൻ ഈ പണി ചെയ്തു കഴിഞ്ഞാൽ യുദ്ധം കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ഞാൻ കരയേണ്ടി വരും ഇവരെയൊക്കെ ഞാൻ കൊന്നുവല്ലോ എന്ന് ആലോചിച്ച് കർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതൊക്കെ ഇത് ആലോചിച്ചിട്ടാണ് അർജുനൻ പറഞ്ഞത് നയോത്സഹിതി ഗോവിന്ദ മുക്വാ തൂഷ്ണീം ഞാൻ യുദ്ധം ചെയ്യില്ല ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് വിവേക് ഉദിക്കുമ്പോ ഒരാൾ എന്ത് ചെയ്യുന്നു ഇനി ഞാൻ കർമ്മമണ്ഡലത്തിലും പ്രവർത്തിക്കുകേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ വിൽ വിഡ്രോ ഒന്ന് പിന്തിരിയും ആ പിന്തിരിയണത് ഉണ്ടല്ലോ തൽക്കാലത്തേക്ക് മാത്രമാണ് ഒരേ അടിക്ക് കർമ്മത്തിന്റെ ഉപേക്ഷയല്ല അവിടെ സംഭവിക്കുന്നത് തൽക്കാലത്തേക്ക് കർമ്മമണ്ഡലത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അറിയാത്തത് അതിൽ രാഗദ്വേഷം വരുന്നു ഞാൻ ചെയ്യണു തോന്നുന്നു തന്നെ ബാധിക്കണു എന്ന് കാണുന്നത് അയാൾക്ക് ഭയങ്കരമായ ഒരു പേടി പിടിച്ചു ഈ മണ്ഡലത്തിൽ ഞാൻ നിരന്തരം നിന്നാൽ ഉള്ളു മുഴുവൻ ചളിയാവും ഉള്ളിൽ മുഴുവൻ രാഗവും ദ്വേഷവും ഫലകാമനയും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ തൽക്കാലത്തേക്ക് അമ്പും ബില്ലും ഒക്കെ വെച്ച് വിഡ്രാവലാണ് പിന്തിരിഞ്ഞ് തത്വനിശ്ചയം നല്ലവണ്ണം സത്യവസ്തു തെളിച്ചെടുത്താൽ വീണ്ടും കർമ്മമണ്ഡലത്തിലേക്ക് കയറാണ് അതെങ്ങനെയാ ഇപ്പോ കർമ്മമണ്ഡലത്തിൽ അയാൾ പ്രവർത്തിക്കുമ്പോ ഭാവമേ മാറി ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ സീരിയസ് ആണ് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് വളരെ സീരിയസ് ആണ് അത് വലിയവർക്ക് അത് സീരിയസ് അല്ല കുട്ടികൾക്ക് ആ കളിക്കണ സമയത്ത് അവർക്ക് വളരെ സീരിയസ് ആണ് അതേസമയം കുട്ടികൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ നോക്കിക്കൊണ്ടിരിക്കുന്നു മുത്തശ്ശൻ ഞാനും കൂടാമെന്ന് വന്ന് കളിക്കാൻ പറ്റും മുത്തശ്ശനെ അതിൽ ഒരു രാഗവുമില്ല ദ്വേഷവും ഇല്ല ഔട്ടായാലും കുഴപ്പമില്ല തനിക്ക് റണ്ണ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല മുത്തശ്ശൻ കളിക്കുന്നതിനും കുട്ടികൾ കളിക്കുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട് മുത്തശ്ശിനി ഇത് വെറും കളിയാണ് പക്ഷെ കുട്ടികൾക്ക് അത് വളരെ സീരിയസ് ആണ് അതിൽ താൻ ഔട്ടാവാതെ ഔട്ടായിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒരാഴ്ചക്ക് അയാളോട് മിണ്ടിലേ കുട്ടി എന്താന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വളരെ സീരിയസ് ആണത് പക്ഷേ കളിയായിട്ട് പോയി ചേരുമ്പോ അതിലൊരു സീരിയസ്നെസ്സും ആസക്തിയും ഇല്ല വീണ്ടും അതിലേക്ക് പ്രവേശിക്കാം കുട്ടിക്കാലത്ത് ഈ മുത്തശ്ശനും കളിച്ചിട്ടുണ്ടാവും പക്ഷേ അപ്പോ രാഗദ്വേഷത്തോടെ കളിച്ചിട്ടുണ്ടാവും ഇപ്പോ പക്വപ്പെട്ടപ്പോ രാഗദ്വേഷമൊക്കെ വിട്ടുപോയിട്ട് ഇറങ്ങാം അപ്പൊ കർമ്മത്തിലേക്ക് ഇറങ്ങുമ്പോ എന്തായി കർമ്മത്തിന്റെ ഒരു കുഴപ്പവും ഇയാളെ ബാധിക്കില്ല കർമ്മം ചെയ്തതുകൊണ്ട് അയാൾക്ക് ഒരു ദൂഷ്യവും വരില്ല ചെയ്യാതിരുന്നാലും അയാൾക്ക് ദൂഷ്യമൊന്നുമില്ല അതാണ് ഗീതയിലുള്ള ലക്ഷണം ഒരു പൂർണ്ണ പുരുഷനെ കുറിച്ച് ഭഗവാന്റെ ഡെഫനീഷൻ വെച്ചാൽ അയാൾക്ക് കർമ്മം ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് നേടാൻ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പവും വരാനില്ല പക്ഷെ എന്നാലും അയാൾ ലോകമംഗളത്തിനായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് ഭഗവാന്റെ ഡെഫിനേഷൻ ഇത് കൃഷ്ണനെ കുറിച്ചുള്ള കൃഷ്ണന്റെ തന്നെ ഓട്ടോബയോഗ്രഫിയാണ് കൃഷ്ണൻ തന്നെ പറയുന്നു നമേ പാർത്ഥ അസ്ഥി കർത്തവ്യം തൃശുലോകേഷു കിഞ്ചന ഗീതയിലെ എളുപ്പത്തിലെ ചിലരൊക്കെ ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചു കളയും ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ഗീത കേൾക്കാൻ പോവാണെങ്കിലേ നിങ്ങളോടത്ത് തന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഗീത കേൾക്കൊന്നും വേണ്ട ഗീതയൊക്കെ നമുക്കറിയാം എന്താ പറഞ്ഞിരിക്കണെ അവനവന്റെ ഡ്യൂട്ടി ചെയ്യാം ഇത് ഭഗവാന്റെ തലയിൽ ഇട്ട ഭസ്മമാണ് വെച്ചാൽ ഭഗവാൻ പറയണത് അർജുന തനിക്കോ എനിക്കോ യാതൊരു ഡ്യൂട്ടിയും ഇവിടെ ചെയ്യാനില്ല യുഷുഡ് ബി ഫ്രീ ടോട്ടലി ഫ്രീ ഫ്രം എനി ഡ്യൂട്ടി കോൺഷ്യസ് എന്നിട്ട് ആ വെയിറ്റ് തലയിൽ ഇരിക്കാൻ പാടില്ല ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടിന്ന് ഒരു വെയിറ്റ് അപ്പൊ എന്താ അതിലൊരു രസമില്ല ആ പ്രവൃത്തിയിൽ ത്യാഗരാജസ്വാമികൾ കീർത്തനം പാടുമ്പോ പാടുന്നത് തന്റെ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞിട്ടാണോ പാടിയത് പാടിയാതെങ്ങനെ ഉണ്ടാവും ഒരാള് രസിച്ച ആനന്ദമായിട്ട് ഒരു അമ്മ കുട്ടിയെടുത്ത് മടിയിൽ വെച്ചോ ലാളിച്ച് ചോറ് കൊടുക്കും പാലിക്കുമ്പോ തന്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞിട്ടാണോ ചെയ്യണത് അതിലൊരു ഡ്യൂട്ടിയൊന്നുമല്ല അത് ആനന്ദമാണ് ആ അമ്മക്ക് അതിൽ ഫലേച്ചയും ഇല്ല താൻ ചെയ്യും ഡ്യൂട്ടി എന്നുള്ളതിൽ അഹങ്കാരം പ്രബലമാണ് ഈ ഡ്യൂട്ടി എന്നുള്ള ഭാവത്തിലുണ്ടല്ലോ അഹങ്കാരം വളരെ ബലമായിട്ട് നിൽക്കും ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യണു എന്നുള്ള ആ ഭാവം അപ്പൊ ഭഗവാൻ പറയണത് അർജുന എനിക്ക് മൂന്ന് ലോകത്തിനും ഒരു ഡ്യൂട്ടിയും ഇല്ല ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഒന്നും നഷ്ടം വരാനില്ല ചെയ്തത് കൊണ്ട് എനിക്കൊന്നും കിട്ടാനും ഇല്ല ഞാൻ സ്വയമേവ പൂർണ്ണനാണ് എന്നിട്ടും സദാ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ലോകമംഗളത്തിനായി ആ പൂർണ്ണതയിൽ നിന്ന് പ്രവൃത്തി ഏർപ്പെടുമ്പോ ഫലേച്ചയില്ലാതെ പ്രവൃത്തി ഏർപ്പെടുമ്പോ അതിനൊരാ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം ഭഗവാൻ നമ്മുടെ മഹർഷിയോടൊരു ഭാഗവതര് ചോദിച്ചു പാട്ടുപാടുന്ന ഭാഗവതര് ചോദിച്ചു ഭഗവാനെ പാട്ടുകൊണ്ട് സംഗീതം കൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു മഹർഷി ഒന്നും ഉത്തരം പറഞ്ഞില്ല ഇയാള് വീണ്ടും വീണ്ടും ചോദിച്ചു ഉത്തരം പറഞ്ഞില്ല അപ്പൊ അദ്ദേഹം കൂട്ടിച്ചേർത്തു ത്യാഗരാജസ്വാമികളെല്ലാം പാടിത്താനേ ഈശ്വരനെ അടഞ്ച ത്യാഗരാജസ്വാമികളൊക്കെ പാടിയിട്ടാണല്ലോ ഈശ്വരനെ പ്രാപിച്ചത് അപ്പൊ മഹർഷി ഉടനെ പറഞ്ഞു അവളം പാടി അടയല പോയി അവളം അടഞ്ചത് അവരൊന്നും പാടിയിട്ടൊന്നും പ്രാപിച്ചില്ല അവരെന്തൊരു വസ്തുവിനെ ഹൃദയത്തിൽ അനുഭവിച്ചിരുന്നുവോ ആ അനുഭൂതി പുറമേക്ക് പാട്ടായിട്ട് വന്നു അത്രയുള്ളൂ ജ്ഞാനികളുടെ പ്രവൃത്തിയൊന്നും ഡ്യൂട്ടിയല്ല അവർക്ക് ഹൃദയത്തിൽ ഏർപ്പെടുന്ന ആനന്ദം ലോകത്തിലുള്ളവർ മുഴുവൻ അനുഭവിക്കട്ടെ എന്നുള്ള കമ്പാഷൻ കാരുണ്യം ആ കാരുണ്യത്തിൽ നിന്നാണ് പ്രവൃത്തി തായ്മാനവ സ്വാമികൾ ഒരു പാട്ടിൽ പറയുന്നു എല്ലാവരും വരട്ടെ എന്നാണ് ചേരവാറും ജഗത്തീര് ജഗത്തിലുള്ളവരൊക്കെ വന്ന് അനുഭവിക്കട്ടെ ഞാനൊരാനന്ദം കണ്ടെത്തിയിരിക്കുന്നു ആ ആനന്ദം എല്ലാരും അനുഭവിക്കട്ടെ അഖണ്ഡാകാര ശിവാനുഭോ ശിവഭോഗം എന്നും തേൻ പൊങ്കി തതുമ്പി പൂരണമായി ഏകമുറുവായി കിടക്കിത് അയ്യോ അഖണ്ഡാകാര ശിവാനുഭവഭോഗം എന്നും തേൻ പൊങ്കിത്തതുമ്പി പൂരണമായി ഏകഗുരുവായി കിടക്കിത് അയ്യോ അഖണ്ഡാകാരമായ ശിവഭോഗം എന്ന തേൻ എന്നാണ് മാധുര്യം അതങ്ങനെ ഹൃദയത്തിൽ അനുഭവിച്ചിട്ട് പൊങ്കിത്തതുമ്പി പൂരണമായി അത് ഉള്ളിലെങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പുറമേക്ക് ഒഴുകാ ആനന്ദം ഏകവും അദ്വയവുമായ ആ ആനന്ദം അനുഭവിക്കുന്നു എല്ലാരും ഒരാള് രണ്ടാളല്ല സകല പേരും വരട്ടെ എല്ലാരും അനുഭവിക്കട്ടെ എന്താ ഇപ്പൊ എല്ലാരും അനുഭവിക്കാൻ ഇത്രയൊരു വാഞ്ച പ്രൊപ്പകേഷൻ ആണോ പ്രൊപ്പകേഷൻ ഒന്നുമല്ല ഒരു കാക്കയ്ക്ക് രണ്ടു പേറ്റ് ചോറിട്ടാൽ ആ കാക്ക നാട്ടിലുള്ള കാക്കകളെയൊക്കെ കാ കാക്കാന്ന് പറഞ്ഞ് വിളിക്കണു അപ്പൊ ഞാൻ അനുഭവിക്കണ ഈ ആനന്ദം എല്ലാരും അനുഭവിക്കേണ്ടെന്നാണ് കാക്കം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടീ കാക്ക പോലും തനിക്ക് കിട്ടിയ ഉണവ് ചാപ്പാട് എല്ലാ കാക്കകളെയും വിളിച്ച് ആസ്വദിപ്പിക്കും അപ്പൊ കാരുണ്യമാണ് ആ കൃപയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാതെ എന്തെങ്കിലും നേടിയെടുക്കാനോ എന്തെങ്കിലും കിട്ടാനോ ഒന്നുമല്ല അതുകൊണ്ട് ഒരു പ്രവൃത്തിയും ഒരു ചെറിയ ചിത്തവൃത്തി പോലും അവരുടെ ഉള്ളിൽ ഉണ്ടാക്കില്ല എന്നാണ് സ്വാമി രാമതീർഥൻ പറയും മുക്തനായ ഒരു പുരുഷന്റെ കൂടെ അയ്യായിരം വർഷം ജീവിച്ചാലും അയാളുടെ ചിത്തത്തിൽ ഒരു വികാരം ഉണ്ടാക്കാൻ പറ്റില്ലാന്ന് വൃത്തി ഉണ്ടാക്കാൻ പറ്റില്ല സംസ്കാരം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഈ കൂടെയിരുന്ന ആളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ആ സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രവൃത്തി മണ്ഡലത്തിൽ അവര് വ്യവഹരിക്കണോന്ന് ഇതിനെയാണ് കർമ്മയോഗം അഥവാ കർമ്മസന്യാസം എന്നൊക്കെ ഭഗവാൻ പറയണത് കർത്തൃത്വമില്ലാത്ത പ്രവൃത്തി ഞാൻ കർമ്മം ചെയ്യണു എന്നുള്ള ഭാവമേ ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവൃത്തി നടക്കുന്നു കൊടുങ്കാറ്റ് വീശിണില്ലേ ആരെങ്കിലും ചെന്നിട്ടാണോ കൊടുങ്കാറ്റിനെ ഇങ്ങനെ മെഷീനായിട്ട് ഉപയോഗിച്ച് വീശിപ്പിക്കുന്നുണ്ടോ നടക്കണു മഴ വീണില്ലേ നടക്കണു പ്രകൃതിയിലെല്ലാം സ്വയമേവ നടക്കണു കർത്താവ് ഒരു പ്രത്യേക പ്രത്യേക വ്യക്തിബോധമില്ലാതെ തന്നെ പ്രകൃതി ചെയ്യണു അതേപോലെ നമ്മളിലൂടെയും പ്രകൃതി പ്രവർത്തിക്കുന്നുണ്ട് വെറുതെ ഒരു അഹങ്കാരം പൊന്തി വിഷമിക്കുകയാണ് അത് വാസ്തവമല്ലാന്ന് ഈ അഹങ്കാരത്തിന്റെ തുച്ഛത തുച്ഛമായ സ്വരൂപം കണ്ടറിഞ്ഞിട്ട് കർത്തൃത്വമില്ലാതെ ഭോക്തൃത്വമില്ലാതെ പ്രവർത്തിക്കുന്ന രഹസ്യത്തിനെയാണ് ഭഗവാൻ ബുദ്ധിയോഗം എന്ന് പറയുന്നത് ഇനി അത് പറയാൻ പോണം അത് ആ ശ്ലോകമൊക്കെ നമ്മള് അടുത്ത പ്രാവശ്യമേ കാണുള്ളൂ കർമ്മണ്യവാധികാരസ്ഥയൊക്കെ അപ്പൊ അവിടെ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാതെ പ്രവൃത്തി നടക്കുന്നു ആക്ഷൻ ടേക്സ് പ്ലേസ് വിതൗട്ട് എൻ ആക്ടർ വിതഔട്ട് എ ഡുവർ ഒരു പ്രവർത്തക ഒരു പ്രത്യേക അഹങ്കാരമില്ലാത്ത പ്രവൃത്തി നടക്കുന്നു സ്വയമേവ നടക്കുന്നു പ്രവൃത്തി അതിനെ ഭഗവാൻ ബുദ്ധിയോഗം എന്ന് പറയുന്നു അതായത് ബുദ്ധി കൊണ്ട് ബുദ്ധി വെച്ചാൽ ബ്രെയിൻ എന്നുള്ള അർത്ഥത്തിലല്ല ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ ബുദ്ധി എന്ന് വെച്ചാൽ നിശ്ചയമായ ബുദ്ധി ഞാൻ കർത്താവല്ല ഭോക്താവല്ല ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രം അല്ലെങ്കിൽ ദാസൻ ഏതെങ്കിലും ഒരു ഭാവം വെച്ചോള അഹങ്കാരത്തിനെ ഉദിക്കാൻ അനുവദിക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതി ഈ ബുദ്ധിയോഗത്തിന് ഭഗവാൻ ഇനി പറയാൻ പോണു ഏഷാത്തെ അബീത സാഖ്യേ ബുദ്ധി യോഗേതു ഇമാംശ്രുണു ബുദ്ധിയായുക്തോയ ആ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി അപ്പൊ കർമ്മത്തിന്റെ ബന്ധം കർമ്മം ഒരു ഹെവി ലോഡായിട്ട് നമ്മളുടെ തലയിൽ കയറിയിരിക്കില്ല പ്രവൃത്തി ഒന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കും എത്ര പ്രവർത്തിച്ചാലും ഉള്ളിൽ വാസനയും ഉണ്ടാവില്ല ബന്ധം ഉണ്ടാവില്ല അല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിതം മുഴുവൻ പ്രവർത്തിച്ചു എന്നിട്ട് ഒരു ബന്ധവും കൃഷ്ണനില്ല ആദിശങ്കര ഭഗവത്പാദർ ജീവിതം മുഴുവൻ പ്രവർത്തിച്ചു എട്ട് വയസ്സ് മുതൽ ആരംഭിച്ച് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ സമാധി വരെ എത്ര നടന്നു എത്ര പ്രവർത്തിച്ചു എത്ര ഗ്രന്ഥങ്ങൾ എഴുതി എത്ര സ്ഥലങ്ങളിലേക്ക് പോയി എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല എന്നാ പറയണം അസങ്കോഹം അസങ്കോഹം അസങ്കോഹം പുനഃ പുനഃ അല്ലെ സദ്യശാപ്പ സദ്യക്ക് വിളമ്പാൻ വന്നിട്ട് ഉപ്പെടുത്ത് വിളമ്പിയാൽ മുഴുവൻ ഞാനാണ് നടത്തിയതെന്ന് പറയും പച്ചവെള്ളം കൊടുത്താൽ മതി സദ്യക്ക് ഞാനില്ലെങ്കിൽ എന്നിട്ട് കുറെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് തേക്കും ചില ആളുകൾ ഇതിനുള്ള കുറെ കൂട്ടാനും ഇതുമൊക്കെ മേത്ത് തേച്ചിട്ട് വേർത്ത് ഉമ്മർത്ത് വന്ന് ഇങ്ങനെ നിൽക്കും ഒരു വിചാരിക്കും ഇവരാണ് മുഴുവൻ നടത്തിയത് അപ്പോ സർവവും ചെയ്തവര് ജഗത്ത് മുഴുവൻ നടത്തുന്ന സർവേശ്വരൻ തന്നെ ഒളിഞ്ഞിട്ടായിരിക്കണം അല്ലെ ശ്രീശങ്കര ഭഗവത് പാദർ ഇത്ര പ്രവർത്തിച്ചിട്ടും അസംഗോഹം അസംഗോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിദാനന്ദോഹം അഹമേവാഹം അവ്യയ ഞാൻ യാതൊരു ബന്ധമില്ല എന്ന് ഈ രഹസ്യം ഇതാണ് കർമ്മരഹസ്യം കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ കർമ്മം ചെയ്യുന്ന രഹസ്യം അല്പമെങ്കിലും ഒരാൾ അറിഞ്ഞാൽ പ്രായത്തെ മഹത്തോ ഭയാ ഭയങ്കരമായ പേടി അയാളെ വിട്ടുപോകുന്നു പേടിക്കൊക്കെ കാരണം എന്താ ഭയത്തിനൊക്കെ കാരണം അഹങ്കാരമാണ് ഉപനിഷത്ത് പറയും ദ്വിതീയാദ്വൈ ഭയം ഭവതി രണ്ട് എന്നുണ്ടോ ഭയം ഉണ്ടെന്നാണ് ലോകത്തിലെല്ലാത്തിലും പേടിയുണ്ടേ ആ രണ്ട് എങ്ങനെ vannu എന്റെ ഉള്ളിൽ അഹങ്കാരം പ്രത്യേക വ്യക്തിബോധം ഉദിച്ചപ്പോ പുറമേക്ക് രണ്ടുവന്നു അങ്ങനെയാണ് ഭയം ഉണ്ടാവുന്നത് ലോകത്തിലെല്ലാം ഭയമാണ് ഭോഗേ രോഗഭയം കുലേ ചുതിഭയം വിത്തേ നൃപാലാദ് ഭയം മാനേ ദൈന്യഭയം ബലേ റിപ്പുഭയം രൂപേ ജരായാഭയം ശാസ്ത്രേവാദിഭയം ഗുണേഖലഭം കായേ കൃതാന്താത് ഭയം സർവം വസ്തുഭയാന്വിതം ഭുവീന്ദ്രനം വൈരാഗ്യമേവാ ഭയം ഒരാൾക്ക് ധാരാള സമ്പത്തുണ്ട് അച്ഛൻ സമ്പാദിച്ചു വെച്ചതാണ് ചെറുപ്പം മുതൽ തന്നെ ധാരാള സമ്പത്തുണ്ട് അപ്പോ ഇനി എന്താ സുഖമായിട്ട് ഭോഗം ചെയ്ത് കിട്ടണതൊക്കെ അനുഭവിച്ച് ജീവിക്കുക ബാക്കിയൊക്കെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു കുറച്ചു ഭോഗം ചെയ്യുമ്പോഴേക്കും ഉള്ളിലൊരു പേടി ഭോഗേ രോഗഭയം എന്തെങ്കിലും രോഗം പിടിപെടുവോ എന്ന് പേടി പായസം കുടിക്കുന്നതൊക്കെ സുഖമായിട്ടുണ്ട് കുടിക്കുമ്പോൾ തന്നെ പേടി ഡയബറ്റീസ് അതേപോലെ ഓരോ ഭോഗത്തിനും അതിൻ്റെതായ രോഗങ്ങളുണ്ട് ഭോഗം ചെയ്യുമ്പോ തന്നെ രോഗത്തിന് പേടിയുണ്ട് ഭോഗേ രോഗഭയം നല്ല കുലത്തിൽ ജനിച്ചാല് മക്കള് ചീത്ത വഴിക്ക് എന്ന് പേടി കുലത്തിന് ദൂഷ്യം വരൂ എല്ലാ ഈ അഹങ്കാരത്തിന്റെ പേടിയാണ് അഹങ്കാരത്തിന് ഭയം തന്റെ അഭിമാനം പോയിപ്പോവോ കുലേ തിയം നഴ്സറി ക്ലാസ് മുതൽ തുടങ്ങും അല്ലെ കുട്ടിക്ക് മാർക്ക് കിട്ടണമെങ്കിൽ കുട്ടിയെ അട്ടിച്ച് എന്തിനാന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയേഴ് മാർക്ക് കിട്ടിയുള്ളൂ അതിനാണ് അടിച്ചത് അങ്ങനത്തെ അമ്മമാരുണ്ട് തൊണ്ണൂറ്റിയേഴ് എന്താ തൊണ്ണൂറ്റിയേഴ് കിട്ടാൻ അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ അടുത്ത വീട്ടിലെ കുട്ടിക്ക് തൊണ്ണൂറ്റി ഇവന് തൊണ്ണൂറ്റിയേഴ് കിട്ടിയതല്ല അവനും എട്ട് കിട്ടിയാൽ ഇവനെ ഇട്ടടിക്കണം എന്താ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് അമ്മമാർ ധരിക്കണത് അങ്ങനെ ധരിക്കണം അമ്മമാരും ഒരു കാര്യവും അറിഞ്ഞോളാം കുട്ടിയോട് സ്നേഹം കൊണ്ടല്ല അടിക്കുന്നത് നമ്മളുടെ എക്സ്റ്റെൻഷനാണോ കുട്ടി നമ്മളുടെ വാനിറ്റി മുഴുവൻ ആ കുട്ടിയുടെ മേലെയാണ് അതുകൊണ്ട് കുട്ടിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി കുറച്ചിൽ അതുകൊണ്ട് കുട്ടിയെ ഇട്ട് പെടയ്ക്കാണ് കിതചിന്തയൊന്നുമല്ല കുലേ ചുതിഭയം തനിക്കു മാനം പോവോ എന്നുള്ള പേടി കുലേ ചുതിഭയം വിത്തേ നൃപാലാദ്ഭയം ധാരാളം പണമുണ്ടെങ്കിൽ ഇൻകം ടാക്സുകാരെ ഭയം രാജാവിനെ പേടിയെന്നാണ് വിത്തേ നൃപാലാദ്ഭയം മാനേ ദൈന്യഭയം നല്ല അഭിമാനിയാണെങ്കിൽ ആരെങ്കിലും നമ്മളെ കുറ്റം പറയുമോ എന്ന് പേടി ബലേ റിപുഭയം അല്ല ബലമുണ്ടെങ്കിലോ ശത്രുവിനെ പേടി വലയേ റിപുഭയം രൂപേ നല്ല ചന്തമുണ്ടെങ്കിൽ ശരീരത്തിന് നല്ല ഭംഗിയുണ്ടെങ്കിൽ വാർദ്ധക്യം വരുംതോറും വയസ്സ് കൂടുന്തോറും പേടി ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കും ഓരോ രോമമായിട്ട് എടുത്തു നോക്കും എവിടെയാന്ന് അരച്ചിരിക്കണതെന്ന് നോക്കും അത് നോക്കി പെയിന്റ് അടിക്കും അത് കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തർ കാണണം എഴുപത് വയസ്സായിട്ട് അങ്ങനെ യുവാക്കളായിട്ട് നടക്കും കുറച്ച് കഴിയുമ്പോ എന്താ മുഴുവൻ അങ്ങോട്ട് വട്ടത്തിൽ പോവും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ായാഭയം എന്ന് പറഞ്ഞല്ലോ വാർദ്ധക്യത്തിനും ഒരു സൗന്ദര്യമുണ്ട് അത് അംഗീകരിച്ചാൽ ഒരു കുഴപ്പവും അല്ല എല്ലാ വയസ്സിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് അതറിയാതെ നമ്മൾ വിചാരിക്കുന്നു യൗവനത്തിലേ സൗന്ദര്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും യൗവനമാവാൻ ശ്രമിക്കുമ്പോ ഏച്ചു കിട്ടി കൂട്ടിയാ മുഴച്ചു നിൽക്കും രൂപേ ജരായാഭയം വാർദ്ധക്യം വരുമ്പോ ഓരോന്നായി പോകും എന്തെന്ന് കിളുത്ത് വന്നു അതൊക്കെ പോകും തല കെളുത്ത് വന്നത് പോകും വായിൽ പല്ലു ഓരോന്നായിട്ട് പോകും അല്ലേ സെറ്റ് പല്ലൊക്കെ വയ്ക്കാം തിന്നാൻ വേണ്ടിയിട്ട് പക്ഷെ ഒറിജിനൽ പല്ലുപോലെ ഉണ്ടാവില്ലല്ലോ എനിക്ക് ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോ ഒരു മുത്തശ്ശൻ പല്ലെടുത്ത് വെളിയിൽ കളഞ്ഞു ഓറഞ്ച് തിന്നിട്ട് കുരു കളയുമ്പോ പല്ലു പോയി വെളിയിൽ എന്ത് ചെയ്യാൻ പറ്റും അത് ഭഗവാൻ തന്നതിന് അത് നിൽക്കും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഏച്ചു കൂട്ടി അത് അതേപടി പോവും പേജരായാഭയം വാർദ്ധക്യത്തിലാവുമ്പോ എന്തൊക്കെ നമ്മള് വെച്ചു കൂട്ടിയാലും വാർദ്ധക്യം വാർദ്ധക്യം തന്നെ അതിന്റെ കുഴപ്പം അതിന്റേതായ ഉണ്ടാവും ശാസ്ത്രേ വാദിഭയം നല്ലവണ്ണ ശാസ്ത്രം പഠിച്ചാലുണ്ടല്ലോ നമ്മളെക്കാളും ശാസ്ത്രം പഠിച്ചവരെ കണ്ടാ പേടി ഈ പണ്ഡിതന്മാർക്കൊക്കെ അതാണ് ഭയം അവരെ പോലെ ഒരാൾ മുമ്പിൽ വന്നിരുന്നാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അതത് പഠിച്ചവരാണെന്ന് തോന്നിയാലും മതി ശാസ്ത്രേ വാദിഭയം നല്ല ഗുണമുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് ദൂഷ്യം പറയുമെന്ന് പേടി ഗുണേഖലഭയം ശരീരമുള്ളത്തോളമുള്ള പേടി എന്താണ് മരണഭയം കായേ കൃതാന്താത് ഭയം സർവം വസ്തുഭയാൻവിതം എല്ലാ വസ്തുക്കളും ലോകത്തില് ഭയത്തോടുകൂടിയുള്ളതാണ് എന്തുകൊണ്ടാ ഭയം വന്നത് വൈരാഗ്യമേവാ ഭയം ആ വസ്തുക്കളോടെ എനിക്ക് രാഗമുള്ളത് കൊണ്ട് ഭയം എനിക്ക് രാഗമില്ലെങ്കിലോ ആർക്കെങ്കിലും ജര വന്നാൽ എനിക്ക് വിഷമമില്ല ആർക്കെങ്കിലും രോഗം വന്നാൽ എനിക്ക് വിഷമമില്ല ആരുടെങ്കിലും പണം നഷ്ടപ്പെട്ടാൽ എനിക്ക് വിഷമമില്ല ആരെങ്കിലും മരിച്ചാൽ എനിക്ക് വിഷമമില്ല പക്ഷെ എന്നെ ചേർന്നത് എനിക്ക് ബന്ധമുള്ള വസ്തുക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം അപ്പൊ രാഗമാണ് കുഴപ്പം ആ രാഗം പോയാൽ അഭയം ഭയമില്ല എന്നാണ് അപ്പൊ ഭയത്തിന് മുഴുവൻ കാരണം അഹങ്കാരമാണ് രാഗത്തിനും ദ്വൈതബുദ്ധിക്കും പേടിക്കും മൂലകാരണം പ്രത്യേക വ്യക്തിബോധം ഞാനൊരു പ്രത്യേക വ്യക്തിയാണെന്നും അഖണ്ഡമായ ആ സത്തയിൽ നിന്ന് തനിക്ക് പ്രത്യേക ഒരു വ്യക്തിത്വം പൊന്തിയതോടുകൂടെ എല്ലാ വൈഷമ്യങ്ങളും പൊന്തി വന്നു അപ്പോ ആ വൈഷമ്യങ്ങളൊക്കെ ആ വൈഷമ്യം മാറിക്കിട്ടണമെങ്കിൽ സ്വൽപ്പമപ്യസ്യ ധർമ്മസ് ഈ ബ്രഹ്മവിദ്യ അതായത് ജനനമരണമില്ലാത്ത ബ്രഹ്മവസ്തുവാണ് ഞാൻ എന്നുള്ള ജ്ഞാനം അല്പമുള്ളിൽ കയറിയാൽ പോലും ഈ അഹങ്കാരമാവുന്ന വ്യാധി ആന്റി ഈ ഭയങ്കരമായ വ്യാധിക്ക് സ്വൽപ്പം ബ്രഹ്മവിദ്യ ഇത് വലുതായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചെങ്കിലും മനസ്സിലായാൽ മതി ജഗത്ത് മുഴുവനും ഒരു സർവേശ്വരം നടത്തുന്നു നമ്മൾ ആരുമല്ല ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടാലോ എല്ലാത്തിനെയും ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കണു നമ്മൾ അതിന്റെ കയ്യിൽ വെറും ഒരു യന്ത്രമാണ് ഇതറിഞ്ഞാൽ തന്നെ സ്വാതന്ത്ര്യമായി വളരെയധികം ആശ്വാസമായി അല്ലാതെ പുനർജന്മം എന്താവണോ കഴിഞ്ഞ ജന്മം വരാൻ പോണ ജന്മം ഇതൊന്നും അറിയണ്ട ഇനിയിപ്പോ ആത്മതത്വം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ജഗത്ത് മുഴുവൻ ഒരു മഹാശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ശക്തിയുടെ കയ്യിൽ ഒരു വെറും യന്ത്രമാണ് ഞാൻ എന്നുള്ളത് തെളിഞ്ഞാൽ മതി ബാക്കിയൊക്കെ പിന്നെ തനിയെ തെളിഞ്ഞോളൂ എല്ലാത്തിനെയും ആക മൊത്തമുള്ള എസെൻസാണ് പറയണത് ഒന്നും ഇത്ര ദിവസം പറഞ്ഞതൊന്നും പിടികിട്ടിയിട്ടില്ലെങ്കിലും ജഗത്തിൽ സകല കാര്യങ്ങളും ഒരു ശക്തി നടത്തിക്കൊണ്ടിരിക്കും നമ്മളുടെ ശരീരത്തിലും നമുക്ക് നോക്കിയാൽ അറിയാ ഒരു സ്വാതന്ത്ര്യം നമുക്കില്ല നമ്മൾ വിചാരിച്ചിട്ടാണോ ഈ ശരീരം എങ്ങനെ കിട്ടിയത് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ആയിയോ ഈ ജീവിതത്തിൽ ആലോചിച്ചു നോക്കുക അത് അതിന്റെ പാട്ടിൽ ഒഴുകി ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചതാണോ പറയണത് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്കറിയില്ല പറയണമെന്ന് വിചാരിച്ചാലും പറ്റില്ല ഊണ് കഴിച്ചാൽ വയറ്റിൽ പോയി എങ്ങനെ ഡൈജസ്റ്റ് ആകണോ അതൊന്നും അറിയില്ല അത് ആരോ ചെയ്യണോ ഉള്ളില് വെറുതെ എന്റെ ശരീരം എന്ന് പറയണമെന്നല്ലാതെ ഈ ഡൈജഷൻ എങ്ങനെ നടക്കണോ എനിക്കറിയില്ല രാത്രി കിടന്നാൽ എങ്ങനെ ഉറക്കം വരണു എനിക്കറിയില്ല ഉറക്കം വരണോ ഉറങ്ങണു യാദേവി സർവഭൂതേഷ് നിദ്രാരൂപേണ സംസ്ഥിത ഓർമ്മ എങ്ങനെ വരണു സ്മൃതിരൂപേണ സംസ്ഥിത ശക്തി എവിടെ അതാണ് പ്രഹ്ലാദിനോട് ഇരണ്യ കശപ്പ് ചോദിച്ചു ഏതാടാ തന്റെ ശക്തി എവിടുന്നാടാ തനിക്ക് ശക്തി ചോദിച്ചു പ്രഹ്ലാദം പറഞ്ഞു അച്ഛ ശക്തി എന്റെയോ നിങ്ങളുടെയോ അല്ല ശക്തിയുടെ ആണ് നമ്മൾ ശക്തിയുടെ കയ്യിൽ വെറും ഉപകരണങ്ങളാണ് നമ്മളൊക്കെ ശക്തി ആർക്കും സ്വന്തമല്ല ശക്തിയുടെ കയ്യിൽ വെറും കളിപ്പാട്ടങ്ങളാണ് നമ്മളൊക്കെ യൂണിവേഴ്സലായിട്ട് ഒരേ ഒരു ശക്തി കൊണ്ട് ഒരേ ഒരു എനർജി കൊണ്ട് ആ ശക്തി തന്നെ ഈ ശരീരത്തിന്റെ ഉള്ളില് പ്രാണനായിട്ട് ഹൃദയമിടിപ്പ് നടത്തുന്നു വയറിൽ ഡൈജഷൻ നടത്തുന്നു രക്തസംക്രമണം ചെയ്യുന്നു ഓർമ്മ വെപ്പിക്കുന്നു ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നു ഉറങ്ങാൻ വയ്ക്കുന്നു ഉണർത്തുന്നു ചിന്തിപ്പിക്കുന്നു ഹൃദയത്തിലിരുന്ന് ഇതിനെയൊക്കെ ഏതോ ഒരു ശക്തി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു പ്രാണൻ അപാനൻ ഒന്നും പൂർണ്ണമല്ല ചിലരൊക്കെ പ്രാണതലത്തിൽ എത്തി വന്നതെന്ന് പ്രാണനെ നിയന്ത്രിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട് ശ്രുതി പറയുന്നു ന പ്രാണേന അപാനേന മൃത്യോ ജീവ തികശന ണ തു ജീവന്തി യസ്മിൻ നേതാവ് ഉപാശ്രിതവും മനുഷ്യൻ പ്രാണനെ കൊണ്ടോ അപാനനെ കൊണ്ടോ അല്ല ജീവിക്കുന്നത് ഈ പ്രാണനയും അപാനനെയും നിയന്ത്രിച്ചു കൊണ്ട് അതിനു പുറകിൽ ഒരു ശക്തി ഉണ്ട് അതിന്റെ കയ്യിലാണ് നമ്മളുടെ ജീവിതം നിക്കുന്നത് അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരൻ പുറത്തെവിടെയും അല്ല എന്റെ ഉള്ളിൽ ഞാനായിട്ട് നിൽക്കണു ഉള്ളിൽ ഹൃദയസ്ഥാനത്തിൽ ഇരുന്ന് ഈശ്വരൻ ഈ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം എന്റെ ശരീരമാണ് എന്റെ പ്രപഞ്ചം ഇപ്പൊ ഈ ശരീരത്തിലുള്ള അനുഭവമാണ് എന്റെ അനുഭവങ്ങൾ ഇപ്പൊ ഈ ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് ഈ ശരീരത്തിന്റെ സകല ചലനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാൻ നമ്മളെ ലോകത്തിൽ വ്യവഹരിച്ചുകൊണ്ടിരിക്കണു ആരും സ്വന്തം കർത്തൃത്വമുള്ളവരല്ല ഇതറിഞ്ഞാൽ തന്നെ നമുക്ക് സ്വാതന്ത്ര്യമായി ഭഗവാന്റെ തലയിലെല്ലാം വെച്ച് സ്വസ്ഥമായിട്ടിരിക്കണം ഒന്നും നമ്മളുടെ തലയിൽ ചുമടയിട്ടുള്ളത് പ്രവൃത്തിയെടുക്കുമ്പോഴും ലൈറ്റായിട്ടിരിക്കണം നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിൽ വെറും കുട്ടികൾ മാത്രം ചെറിയ കുട്ടികളെ എത്ര സ്വാതന്ത്ര്യത്തോടെ വ്യവഹരിക്കണമോ അത്ര സ്വാതന്ത്ര്യത്തോടെ ലോകത്തിൽ വ്യവഹരിക്കണം യാതൊരു ബന്ധവും നമുക്ക് വരാനില്ല ഇവിടെ കരയാൻ വേണ്ടി ജനിച്ചവരല്ല ആനന്ദമായിട്ടിരിക്കാൻ ജനിച്ചവരാ ഭാഗവതത്തിൽ ആ അവധൂതന് ഒരു ഗുരു കൊച്ചുകുട്ടിയാണ് വർത്തേയ തക്തമായ സുഖമത്തി ശിശുവത്തി നിസ്സഹായ ശ്രേയം ആ ചെറിയ കുട്ടിയെ പോലെ ഭഗവാനെ ഞാൻ നിസ്സഹായനായിട്ട് എങ്ങനെ ലോകത്തിൽ സഞ്ചരിക്കാം കുട്ടികളെ അമ്മയെ അച്ഛന്മാരെ നോക്കുന്ന പോലെ ജഗത്തിന് മുഴുവൻ മാതാവും പിതാവുമായിട്ടുള്ള ആ ശക്തി നമ്മളെ ഒക്കെ നോക്കിക്കൊളും അഹങ്കാരം അവിടുന്ന് പോയാൽ ആളുകൾക്കൊക്കെ സംശയം തോന്നും ഇങ്ങനെ എല്ലാ അഹങ്കാരും എടുത്തു കളഞ്ഞാൽ പ്രവൃത്തി എങ്ങനെ നടക്കും തോന്നും ഒന്ന് എടുത്ത് കളഞ്ഞു നോക്കാം അപ്പൊ നമുക്ക് മനസ്സിലാവും പ്രവൃത്തി എത്ര ഭംഗിയായിട്ട് നടക്കണമോ നമ്മൾ വിചാരിക്കുന്നത് ഒക്കെ നമ്മളാണ് ചെയ്യണതെന്ന് ഈ പല്ലി കൂരതാങ്ങണ പോലെ പല്ലി വിചാരിക്കുമോ അത്ര ഞാനാണ് ഈ കെട്ടിടം മുഴുവൻ താങ്ങിക്കൊണ്ടിരിക്കുന്നത് കൈവിട്ട ഒക്കെ വീഴും വിചാരിക്കും അത്ര അതുപോലെ നമ്മളാണ് ഗൃഹസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിഷമമുണ്ട് കുടുംബകാര്യങ്ങളൊക്കെ നടത്തുമ്പോഴേ നമ്മളില്ലെങ്കിൽ കാര്യമൊന്നും നടക്കില്ല എന്ന് തോന്നും അങ്ങനെ തോന്നുമ്പോ കഴിയുമെങ്കിൽ ആരുടെ അടുത്തും പറയാതെ ഒരു ദിവസം ഇറങ്ങി ഒരു നടത്തം നടക്കാം എവിടെ പോയി എന്നൊന്നും പറയരുത് ഒരു ആറു മാസം വീട്ടിൽ ഒരു ഇൻഫർമേഷനും കൊടുക്കാതെ ഇരുന്നിട്ട് ആറു മാസം കഴിഞ്ഞ് തിരിഞ്ഞു വന്ന് നോക്കിയാൽ നമുക്ക് കാണാം പൂർവാധികം ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കണം അപ്പൊ മനസ്സിലാവും ഓ നമ്മളാണ് ഇവിടുത്തെ കുഴപ്പം മനസ്സിലാവും മനസ്സിലാവും അല്ലെങ്കിൽ എന്താപ്പോ നമ്മളെ ആശ്രയിച്ചാണോ ഇവിടുത്തെ കാര്യമൊക്കെ നടക്കുന്നത് ചത്തുപോയാ നാളെ കുറച്ചുകൂടെ നന്നായിട്ട് നടക്കും ഇവിടെ ആരും ഒരാളും ഇൻഡിസ്പെൻസിബിൾ അല്ല ഈ ലോകത്തില് വെറുതെ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പൊ ഈ ഒരു അഹങ്കാരത്തിന് അവിടുന്ന് കളഞ്ഞിട്ട് കർത്തൃത്വ ബുദ്ധിയെ സ്വതന്ത്രമായി ഭഗവാന്റെ കയ്യിൽ യന്ത്രമായിട്ട് അങ്ങനെ വ്യവഹരിക്കുന്ന ആ കർമ്മരഹസ്യമാണ് ഭഗവാൻ കർമ്മയോഗം എന്ന് പറയുന്നത് ഈശ്വരന്റെ കയ്യിൽ വെറും ഒരു യന്ത്രം ഈശ്വരൻ ചിന്തിപ്പിക്കുന്നു ഈശ്വരൻ പ്രവർത്തിപ്പിക്കുന്നു ഈശ്വരൻ നിയന്ത ഈശ്വരന്റെ കയ്യിൽ യന്ത്രം ഈ ഭാവമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമാണ് അപ്പൊ ജീവിതത്തിന്റെ മുഴുവൻ ലക്ഷ്യവും ഭഗവാനിലാണെങ്കിൽ ആ ജീവിതം ജീവൻ ഇപ്പൊ മുക്തനായിട്ടില്ലെങ്കിലും അയാൾക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും എത്ര ദുരാചാരി ആണെങ്കിലും ശരി അയാൾ ജീവിതത്തിന്റെ ലക്ഷ്യം ഈശ്വരനാണ് എന്ന് നിശ്ചയിച്ചാൽ നല്ല ഇടത്ത് കെട്ടുകെട്ടിക്കഴിഞ്ഞു എന്നർത്ഥം ഇനി അത് ചലിക്കില്ല നേരെ എത്ര സദാചാരിയാണെങ്കിലും ശരി എത്ര നല്ല ആളാണെങ്കിലും ശരി അയാൾക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണെന്നോ ജ്ഞാനമാണെന്നോ തെളിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം ലോകത്തിൽ എന്തെങ്കിലും നല്ലത് ചെയ്യലാണെന്നോ അല്ലെങ്കിൽ ലോകത്തിൽ കുറച്ച് നല്ലവനായിട്ടിരിക്കലാണെന്നോ അല്ലെങ്കിൽ കുറച്ച് പേരോ പ്രസിദ്ധിയോ കിട്ടലാണെന്നോ അങ്ങനെ വല്ല ലക്ഷ്യമാണെങ്കിൽ അയാളുടെ ആ നന്മയൊക്കെ അധികം കഴിയാതെ നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യും അയാൾ പതിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ആയ ചെയ്യും മാത്രമല്ല മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല ഒരു ശാന്തി ഉണ്ടാവില്ല എന്താന്ന് വെച്ചാൽ മനസ്സ് പല വഴിക്ക് ചതറിപ്പോയിക്കൊണ്ടിരിക്കും പല വഴിക്ക് ചതറിപ്പോയിക്കൊണ്ടിരിക്കും ഈ ഒരു രഹസ്യം നമ്മൾ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമായിട്ട് എന്തിനെ അംഗീകരിച്ചിരിക്കുന്നു അതിനു ചുറ്റും നമ്മളുടെ ചിത്തവൃത്തികൾ ചലിച്ചുകൊണ്ടേയിരിക്കും വേണം ഈ ശ്രദ്ധിച്ചുള്ളത് ഇപ്പൊ എനിക്ക് നല്ല ഒരു സംഗീതജ്ഞനാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ സംഗീതത്തിനെ കുറിച്ച് മനസ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും ആ ഫീൽഡിലുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അതിൽ നമ്മൾക്കൊരു ഐഡിയൽ ഉണ്ടാവും അയാളെ പോലെ ആവണം എന്ന് ശ്രമിക്കും അതിലെനിക്ക് സമാനമായിട്ടുള്ളവരെ ചിലരെ ഇഷ്ടപ്പെടില്ല ചിലരോട് ദേഷ്യം വരും സംഗീത സംബന്ധമായിട്ടുള്ള ചിത്തവൃത്തികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതേപോലെ ബിസിനസ് ആണെങ്കിൽ തുണി കടയാണെങ്കിൽ തുണി കച്ചവടക്കാരെ കുറിച്ചായിരിക്കും ചിന്ത എപ്പോഴും നാച്ചുറലി നമ്മളുടെ ജീവിത ലക്ഷ്യം അതാണെന്ന് അംഗീകരിച്ചാൽ ആ സന്ദർഭം അതിനനുസരിച്ച് ചിത്തവൃത്തികൾ അപ്പോ ഇതൊക്കെ തുച്ഛമായ ലക്ഷ്യം ഇതൊക്കെ ഒന്നും തീർന്നുപോകും ഇതിലൊന്നും പൂർണ്ണത കണ്ടെത്താനും പറ്റില്ല പെർഫെക്റ്റ് ആയിട്ട് ആർക്കും പൂർണ്ണ തൃപ്തി വരില്ല എന്നാൽ ജീവിതത്തിന്റെ പരമലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്ന് നിശ്ചയിച്ചിട്ട് ഒരാൾ തുണി സംഗീതജ്ഞനോ എവിടെ വേണമെങ്കിൽ നിൽക്കട്ടെ അയാളുടെ ചിത്തവൃത്തി മുഴുവൻ ഭഗവാനെ ചുറ്റി വലം വെച്ചുകൊണ്ടേയിരിക്കും രാമകൃഷ്ണദേവൻ പറയണത് ഒരു മുറിയിൽ കിടക്കുന്ന ഒരു കള്ളൻ അടുത്ത മുറിയിൽ ധാരാളം സമ്പത്തുണ്ട് ഇയാൾക്ക് ഉറങ്ങാൻ പറ്റുമോ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും അത് പൊളിച്ചിട്ട് ആ സമ്പത്ത് എടുക്കണമെന്നായിരിക്കും ഇയാളുടെ വിചാരം അതുപോലെ ഈശ്വരൻ ഉണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ അഥവാ ആത്മസാക്ഷാത്കാരം എന്നൊരു ലക്ഷ്യമുണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ പിന്നെ ആ ജീവൻ ഉറങ്ങാനൊന്നും പറ്റില്ല ഈ ലോകത്തില് ഈ ജീവൻ എങ്ങനെയെങ്കിലും ആ സത്യം കണ്ടെത്താനായി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കും ആ ലക്ഷ്യത്തിനാണ് ഭഗവാൻ അങ്ങനെ ലക്ഷ്യം ഉറപ്പിച്ച ജീവിതത്തിന്റെ ലക്ഷ്യം ബ്രഹ്മനിർവാണമാണ് പരിപൂർണമായ യോഗസ്ഥിതിയാണ് ആ ബ്രഹ്മനിർവ്വാണത്തിനെ നില ഡിഫൈൻ ചെയ്തു ഈശ്വര സാക്ഷാത്കാരം എന്ന് വച്ചാൽ ഭഗവാൻ ശങ്കചക്ര കഥാപാണിയായിട്ട് വന്ന് നിക്കുന്നതിനെ ഉദ്ദേശിച്ചില്ല തൃശൂലധാരിയായിട്ട് വന്ന് നിക്കുന്നതിനെയല്ല ഉദ്ദേശിച്ചത് അങ്ങനെ വന്നാലും നിന്നിട്ട് പോകും വന്ന് അപ്രത്യക്ഷമായി അപ്രത്യക്ഷമാകുന്ന ദർശനത്തിന് ദർശനത്തിന് അല്ല ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഈശ്വര സാക്ഷാത്കാരം എന്ന് വെച്ചാൽ യോഗസ്ഥിതി ഭഗവാൻ ഗീതയിൽ പറയണത് യോഗം എന്നുള്ള വാക്കിന് പരിപൂർണമായ ശാന്തി മനസമാധാനം എന്ന് പറയാൻ പാടില്ല എന്താന്ന് വെച്ചാൽ സമാധാനം ഉള്ള സ്ഥലത്ത് മനസ്സില്ല മനസ്സുണ്ടെങ്കിൽ സമാധാനം ഇല്ല മനസ്സ് എന്ന് വെച്ചാൽ ചിത്തവൃത്തി തോട്ട് വേവ് പീസ് ഓഫ് മൈൻഡ് എന്നുള്ള തെറ്റായ ഒരു വാക്കാണ് പീസുള്ളടത്ത് മൈൻഡ് ഇല്ല മൈൻഡ് ഉള്ളിടത്ത് പീസ് ഇല്ല മനസ്സിനെ ഒഴിച്ചു മാറ്റേണ്ടിയിരിക്കണം ഈ സങ്കല്പശക്തിയായ മനസ്സ് അവിടുന്ന് വഴിവിട്ടു മാറേണ്ടിയിരിക്കണം അപ്പോഴേ പരിപൂർണമായ ബ്രഹ്മസ്ഥിതി അതായത് ശാന്തി സ്വന്തമാവുള്ളൂ ആ ശാന്തിയെ ജീവിത ലക്ഷ്യമാക്കിയിട്ട് വ്രതം നമ്മളുടെ വ്രതമാണത് പതിനൊന്ന് ദിവസം നമ്മൾ ഗീത കേട്ടു വേറെ ഒന്നും പ്രായോഗികമായിട്ടില്ലെങ്കിൽ ഒരു വ്രതമെടുത്താൽ മതി ീ ജന്മത്തിൽ തന്നെ എനിക്ക് പരിപൂർണമായ ശാന്തി ചലിക്കാത്ത ശാന്തി എന്തൊക്കെ തന്നെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്ത ശാന്തി നേടിയെടുക്കണം എന്ന് ഒരു നിശ്ചയം ഈ നിശ്ചയത്തിന് വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണോ നോക്ക വ്യവസായാത്മികാ ബുദ്ധി കുരുനന്ദന ബഹുശാഖാഹി അനന്തശ ബുദ്ധയോ അവ്യവസായിനാം സമർത്ഥന്മാരുടെ ബുദ്ധി അതിനെ വ്യവസായാത്മിക ബുദ്ധി എന്ന് ഭഗവാൻ പറയണു അത് ഏകമുഖമാണെന്നാണ് അതായത് അവരുടെ ലക്ഷ്യം എപ്പോഴും ഏകമാണ് ഒന്നിലാണ് അവരുടെ ശ്രദ്ധ ആ ശ്രദ്ധ പതറില്ല അവർക്ക് അത് വെളിയിലുള്ള കോൺസെൻട്രേഷനെ കുറിച്ചല്ല ഉദ്ദേശിച്ചത് ഇതിനെയൊക്കെ ലൗകികമായിട്ട് കൊണ്ടുപോയി വ്യാഖ്യാനിച്ച അപ്പാട് തെറ്റിപ്പോവും കാരണം ലൗകികമായി ഒന്നും ശാശ്വതമല്ല എന്നാൽ ലൗകികമായി വ്യവഹാരം ചെയ്യേണ്ട എന്നല്ല എന്തും വ്യവഹരിക്കാം നമുക്ക് എന്ത് പ്രവൃത്തിയാണോ ഇപ്പൊ യുദ്ധമേ ചെയ്യാമെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് പ്രവൃത്തി ചെയ്യാൻ പാടില്ല അവരവരുടെ സ്വധർമ്മ പ്രവൃത്തി എന്ത് ചെയ്യാം പക്ഷേ ജീവിതത്തിന്റെ പരമലക്ഷ്യം അതാണെന്ന് കരുതിപ്പോയാൽ അപ്പാട് തെറ്റിപ്പോവും അപ്പൊ പരമലക്ഷ്യമായിട്ടുള്ളതിനെ ഭഗവാൻ ഇവിടെ യോഗസ്ഥിതി എന്ന് കാണിച്ചു തോന്നുന്നു അതായത് പരിപൂർണമായ മനസ്സിന്റെ സമനില പുറമേക്കുള്ളതൊന്നും നമ്മളുടെ കൺട്രോളിൽ ഇല്ല നമ്മളുടെ ശരീരമേ നമ്മളുടെ കൺട്രോളിൽ ഇല്ല നമ്മൾ കണ്ടു പിന്നെ ലോകത്തിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്താൽ അതിന്റെ ഫലം കിട്ടുന്നത് നമ്മളുടെ കൺട്രോളുണ്ടോ അതിനെ അനേക കാര്യങ്ങൾ അതിനെ ബാധിക്കണം ഒരു കൃഷി ചെയ്താൽ അതിന്റെ ഫലം കിട്ടണം നമ്മളുടെ കൺട്രോളിലുണ്ട് മഴയെ പെയ്തിട്ടില്ല പാലക്കാട്ടിലൊക്കെ പാഠം കത്തിച്ചുകൊണ്ടിരിക്കണം എന്ത് ചെയ്യാൻ പറ്റും കൃഷിക്കാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാം എങ്ങനെ നല്ല വിളവെടുക്കാം എന്നുള്ളതിന് ക്ലാസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും മഴ പെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും അപ്പോ പ്രവൃത്തി മണ്ഡലത്തില് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രവൃത്തി മണ്ഡലത്തിലുള്ള സക്സസ് കർമ്മത്തിന്റെ ഫലത്തിലല്ല കർമ്മത്തിന്റെ ഫലം വിപരീതമായാലും അനുകൂലമായാലും തെറ്റാതെ നിൽക്കുന്ന സമനിലയിലാണ് ആ സമനിലയെ ഭഗവാൻ ഇവിടെ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞു ഏകേഹ ഗുരുനന്ദന അവരുടെ ബുദ്ധി എപ്പോഴും ഏകമുഖമാണ് അവർക്ക് ഒരു ലക്ഷ്യമുള്ളൂ ജീവിതത്തിന് അവർ പലതും ചെയ്യും പക്ഷെ ലക്ഷ്യം ഒന്നാണ് അവർ ചിലപ്പോ ഗൃഹസ്ഥന്മാരായി പ്രവൃത്തിയൊക്കെ ചെയ്യും പ്രവൃത്തി ഉപേക്ഷിക്കില്ല വലിയ വലിയ ഭക്തന്മാര് ജ്ഞാനികൾ ഒരുപാട് പേര് അവരൊക്കെ പ്രവൃത്തി മണ്ഡലത്തിലുണ്ടായിരുന്നു മഹാരാഷ്ട്രത്തിൽ ധാരാളം ഭക്തന്മാരുണ്ടായിരുന്നു അവരുടെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒക്കെ പ്രവൃത്തി ഓരോ കർമ്മം ചെയ്തുകൊണ്ടിരുന്നവരാണ് ചെരുപ്പുകുത്തിയും പലചരക്ക് കച്ചവടക്കാരനും തുന്നൽക്കാരനും ഇങ്ങനെ പല ജോലികൾ ചെയ്തിരുന്നവരാണ് സ്വർണ്ണ പണിക്കാരനും ഒക്കെ ആയിട്ട് ഒക്കെ പണിക്കാരോരോ ജോലിക്കാരായിരുന്നു കബീർദാസ് അദ്ദേഹം തുണി ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു ജീവിത അവസാനം വരെ അത് ചെയ്തോണ്ടിരുന്നു പ്രവൃത്തി ഒന്നും അവർ ഉപേക്ഷിച്ചില്ല പക്ഷേ അവർക്ക് പ്രവൃത്തി പ്രവൃത്തി ആയിരുന്നില്ല കബീറിനോട് ലാസ്റ്റ് സ്റ്റേജിലെ രാജാക്കന്മാരൊക്കെ ഒന്ന് പറയാത്ര എന്തിനാ ഇനിയും പണിയെടുക്കണത് ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു തരാം ഈ ജോലി എന്തിനു ചെയ്യണം അദ്ദേഹം പറഞ്ഞു ഞാൻ ജോലി ചെയ്യാണെന്ന് ആര് പറഞ്ഞു ഇത് ജോലിയല്ല ഇതെനിക്ക് ആരാധനയാണ് ഇതെനിക്ക് ധ്യാനമാണ് ഇത് ജോലിയേ അല്ല ഇത് കൈ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണോന്നല്ലാതെ ഉള്ളിൽ ഇതിൽ ഫലത്തിൽ ഇച്ഛയുമില്ല ഇത് കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടണം എന്ന് കാക്ഷിച്ച് ആഗ്രഹിച്ചിട്ടുമല്ല ചെയ്യണത് ഉള്ളില് സദാ ആത്മധ്യാനമാണ് പ്രവൃത്തി പുറമേക്ക് നടക്കണം അത്രേയുള്ളൂ അപ്പോ അവർക്ക് ഒരേ മുഖമാണ് ബുദ്ധി അവർക്ക് ലാഭത്തിലും കണ്ണില്ല നഷ്ടത്തിലും കണ്ണില്ല ഓ ലാഭത്തിലും നഷ്ടത്തിലും കണ്ണില്ലെങ്കിൽ ബിസിനസ് എങ്ങനെ ചെയ്യാൻ പറ്റും ബിസിനസ് ചെയ്യാൻ ലാഭം നഷ്ടത്തിലും ദൃഷ്ടി വേണോ ബിസിനസ് ചെയ്താ പോരെ ലാഭം വരും നഷ്ടം വരും അത് അതിന് പ്രവൃത്തി നമ്മൾ എങ്ങനെ എടുക്കണോ അതിനനുസരിച്ച് വരും അതൊക്കെ ചെയ്തോളുക പക്ഷെ ലാഭം നഷ്ടത്തിൽ ബുദ്ധി വെക്കാതെ ബുദ്ധിയെ ശാന്തമായിട്ട് നിർത്തിക്കൊണ്ട് ചെയ്യാൻ വിഷമമായിരിക്കാം പക്ഷെ അതൊന്നും ട്രെയിൻ ചെയ്താൽ എന്താ സാധിക്കാത്തത് ട്രെയിനിങ് ഉണ്ടെങ്കിലേ എന്തു സാധിക്കില്ല കർമ്മയോഗം വിഷമമായിരിക്കാം കർമ്മസന്യാസമാണ് പിന്നെ എളുപ്പം വിട്ടിട്ടു പോവൽ പ്രവൃത്തി മണ്ഡലത്തിൽ നടുവിലിരുന്നുകൊണ്ട് സമനില തെറ്റാതെ ഇരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലാന്ന് വാസ്തവം പക്ഷെ അഭ്യാസം ഭഗവാൻ അതാണ് ആറാം അധ്യായത്തിൽ പറയാൻ പോണത് അഭ്യാസം കൊണ്ട് എന്തു തന്നെ സാധിക്കില്ല എന്നാണ് സർക്കസിലെ അഭ്യാസം കൊണ്ട് ഈ കയറിന്റെ മേലെ ഇങ്ങനെ നടക്കും ഒറ്റക്കാലിൽ നടക്കും അത് ഒരു ദിവസം കൊണ്ട് നേടിയതല്ല എത്രയോ കാലം അഭ്യസിച്ചിട്ടാണ് കയറിന്റെ മേലെ അല്ലെ അപ്പൊ അത്ര പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കയറിന്റെ മേലെ കൂടെ നടക്കാം വേറെ ചില ആളുകളുണ്ട് ഹൈവേ റോഡും പോരാ ഉള്ളിൽ കുറച്ച് കയറ്റിട്ടേ ോഡിലും വീഴും അപ്പോ ബുദ്ധിസ്ഥിരതയില്ലെങ്കിൽ എവിടെയും സ്ഥലം പോരാ അവർക്ക് ബുദ്ധിക്ക് താഴെ ഒന്ന് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എവിടെയും പറ്റും എന്നാണ് അപ്പോ ഭഗവാൻ ഇവിടെ കർമ്മയോഗം എന്ന് പറയുമ്പോ കുറച്ച് വിഷമമാണെങ്കിലും നേടിയെടുക്കുകയാണ് ഗീതയുടെ ഒരു കാതലായൊരാശയമാണ് ഈ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാശയം ലക്ഷ്യ നിരൂപണം എന്നുള്ളത് നിങ്ങൾ എന്താ ജീവിതത്തിന്റെ ലക്ഷ്യമായി കരുതുന്നത് രാമകൃഷ്ണ പരമവംസർ കാണാൻ ഭങ്കിം ചാറ്റർജി വന്നു അദ്ദേഹം ആണ് ഈ എന്താണ് എന്താ കീർത്തനം വന്ദേമാതരം വന്ദേമാതരം എഴുതിയത് അദ്ദേഹമാണ് പക്ഷെ അദ്ദേഹം അറിയാതെ ഒരു അബദ്ധം പൊട്ടിച്ചുപോയി രാമകൃഷ്ണദേവന്റെ അടുത്ത് വളരെ കാശ്വലായി മഹാത്മാക്കളുടെ അടുത്ത് പോയി കാശ്വലായിട്ട് വർത്തമാനം പറയാനേ പാടില്ല പക്ഷെ രാമകൃഷ്ണദേവന്റെ അടുത്ത് വന്നിട്ട് രാമകൃഷ്ണദേവൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് വെറുതെ അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം വളരെ ഉയർന്ന ലക്ഷ്യമൊക്കെ ഒന്നും പറഞ്ഞാൽ താൻ അഭിമാനിയായി പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശുദ്ധമേ അബദ്ധമായിപ്പോയി രാമകൃഷ്ണപരമം സർ ചോദിച്ചു എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം ചോദിച്ചപ്പോ ഉറങ്ങുക ലോകഭോഗങ്ങളൊക്കെ അനുഭവിക്കുക തന്നെ ലക്ഷ്യം രാമകൃഷ്ണദേവന് ദേഷ്യം വന്നു തിന്നണത് തകട്ടണു എന്ന് പറഞ്ഞു ഉള്ളിലേക്ക് തിന്നതൊക്കെ പുറത്തേക്ക് തകട്ടണു അവനവൻ എന്ത് തിന്നു അതല്ലേ പറയുള്ളൂ തകട്ടുള്ളൂ പുറമേക്ക് തികട്ടി വരുമ്പോൾ അതല്ലേ വരുള്ളൂ ഈ ഉള്ളിൽ തിന്നതൊക്കെ ദയം പക്കം വീടുക പുറത്തേക്ക് എന്ത് പറഞ്ഞു കുറെ ചീർത്തു പറഞ്ഞു നങ്കിയ ചെന്ത ചട്ടര ചെയ്യാം നല്ല രസമായി ആ കൺവെർഷൻ കോൺവെർസേഷൻ ഭജനാമൃതത്തിന് അപ്പൊ ബങ്കീം ചന്ദ്ര ചാറ്റർജി കൂടെ ഉള്ള ആളുകളോട് ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞു രാമകൃഷ്ണദേവൻ ഇംഗ്ലീഷ് അറിയില്ലല്ലോ അപ്പൊ രാമകൃഷ്ണദേവൻ ചോദിച്ചു എന്താ ഇംഗ്ലീഷിൽ പറഞ്ഞതോ ചോദിച്ചു ഏയ് ഞങ്ങള് വേറെ കാര്യം പറഞ്ഞതാണോന്ന് പറഞ്ഞു അപ്പൊ രാമകൃഷ്ണദേവൻ തമാശ ആയിട്ട് പറഞ്ഞു ഒരു ബാർബർ ഒരു ബംഗാളി സായിപ്പിന് തല ഷേവ് ചെയ്ത് കൊടുക്കായിരുന്നു അത്ര അപ്പോ ബംഗാളിക്കാരനാണ് അപ്പൊ ബംഗാളിക്കാരൊക്കെ അന്ന് ഈ വെള്ളക്കാരെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് കുറെ വാക്കുകൾ പറയും അപ്പൊ ഈ ബാർബർ കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോ എവിടെയോ കുറച്ച് തട്ടിയോ തോന്നണോ ഈ ബംഗാളി ബാബു ഡാമിട്ട് ചീത്ത വാക്കാണ് ഡാമിട്ട് അപ്പൊ ഈ ബാർബർ ചോദിച്ചു ശത്തൊക്കെ വടക്കിപ്പിടിച്ചു രാമകൃഷ്ണദേവൻ ആക്ട് ചെയ്ത് കാണിച്ചു ഷത്തൊക്കെ ചുരുട്ടിപ്പിടിച്ച് മുണ്ടെടുത്ത് കെട്ടിയിട്ട് എന്താ അർത്ഥം ഈ ഡാം എന്ന് പറഞ്ഞ ഇല്ല ഇല്ല ഡാം എന്ന് വെച്ചാൽ നല്ല അർത്ഥമാണ് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യൂ എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പൊ ഈ ബാർബർ പറഞ്ഞു ഡാം എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥമാണെങ്കിൽ ഞാൻ ഡാം എന്റെ അച്ഛൻ ഡാം എന്റെ മുത്തശ്ശൻ ഡാം അതേതെങ്കിലും ചീത്ത അർത്ഥമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പൻ ഡാം മുത്തശ്ശൻ ഒരു പതിനാല് തലമുറക്ക് പറഞ്ഞു അപ്പൊ ഉള്ളില് ജീവിത ലക്ഷ്യം വാസനയ്ക്കനുസരിച്ചാണ് ജീവൻ നിശ്ചയിക്കണത് നമ്മളുടെ വാസന മുഴുവൻ ഭോഗവാസനയാണെങ്കിൽ ജീവിത ലക്ഷ്യവും എന്തെങ്കിലും കൊച്ചു കൊച്ചു ലക്ഷ്യമായിരിക്കും ചെറിയ ചെറിയ ലക്ഷ്യമായിരിക്കും എന്നാൽ പക്വപ്പെട്ടാൽ പരമമായ ശാന്തി നേടാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അകമേ ചലിക്കാത്ത യോഗസ്ഥിതി നേടാനായിട്ട് ഈ ജീവൻ നിശ്ചയിക്കും നിശ്ചയിച്ച ജീവന് വ്യവസായാത്മിക ബുദ്ധിയുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത് ഏകേ അയാളുടെ ബുദ്ധി സദാ കാറ്റില്ലാത്ത സ്ഥലത്ത് ചലിക്കാതെ നിൽക്കുന്ന ദീപനാളം പോലെ നിവാതദീപ നിശ്ചലാംഗാ മനോന്മനിയും അഗ്നധിയോ ഭവന്തി ആചാര്യസ്വാമികൾ ആ സ്ഥിതിക്ക് മനോന്മനി എന്നാണ് പറഞ്ഞത് മനസ്സ് സദാ ഉന്മുനീ ഭാവം നിവാതദീപം പോലെ കാറ്റില്ലാത്ത സ്ഥലത്തുള്ള ദീപനാളം പോലെ ചലിക്കാതെ ബോധസ്ഫൂർത്തി എന്നുള്ള ബോധം തെളിഞ്ഞു പ്രകാശിക്കണം ഞാൻ എന്നുള്ളത് ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരവുമല്ല ഇതൊക്കെ മാറ്റി നിർത്തി ഞാൻ എന്നുള്ളത് ശുദ്ധമായ പ്രജ്ഞയായി ഞാൻ എന്നുള്ളത് അഖണ്ഡ ആകാശം പോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വസ്തുവായി പരിപൂർണമായ വസ്തുവായി അതീവ പരിശുദ്ധമായ വസ്തുവായി ഹൃദയത്തിൽ ജ്വലിക്കും ബ്രഹ്മനിർവണമേ സ്വരൂപമായി നമ്മളുടെ വ്യക്തിബോധം തെളിഞ്ഞു പ്രകാശിക്കും ജഡത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമായിട്ട് ബ്രഹ്മനിർവാണ സ്വരൂപമായി ചിത്ത് ചിത്ത് ഹൃദയത്തിൽ പ്രകാശിക്കുന്നു ചിത്തം വിട്ടുപോയി ചിത്തം പോയി ചിത്ത് പ്രകാശിക്കും ചിത്ത് തെളിഞ്ഞു ജ്വലിക്കും ആ ചിത്ത് തെളിഞ്ഞു ജ്വലിച്ച് ലോകത്തിൽ എന്തു പ്രവൃത്തി അയാൾ എടുത്തായാലും അയാളുടെ ബുദ്ധി ഇനി ലോക വിഷയങ്ങളിൽ ഒന്നും പോയി കൊടുങ്ങില്ല നേരെ മറിച്ച് ഈ വസ്തുവിനെ കാണാത്ത ആള് ലോകത്തിൽ പ്രവർത്തിക്കുമ്പോ അയാൾക്ക് അനേകവിധത്തിൽ ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായിനാം ഈ വ്യവസായാത്മിക ബുദ്ധി തന്നെ സമാധി ഭഗവാൻ ഇനി പറയാൻ പോകുന്നു വ്യവസായാത്മിക ബുദ്ധി സമാധൂന വിധീയത്തെ എന്ന് പറയാം അവിടെ തന്നെ ഭഗവാൻ തന്നെ ഡെഫിനേഷൻ കൊടുത്തു കഴിഞ്ഞു ഗീതയ്ക്ക് വാസ്തവത്തിൽ ഭാഷമേ ആവശ്യമില്ല എന്താന്ന് വെച്ചാൽ ഒരിടത്ത് പറയുന്ന വാക്കിനും ഭഗവാൻ ഇനിയൊരിടത്ത് വ്യാഖ്യാനം പറയും ഭഗവാൻ തന്നെ പറയും വ്യവസായാത്മിക ബുദ്ധി സമാധൂന വിധീയത്തെ സമാധിയെ തന്നെയാണ് വ്യവസായാത്മിക ബുദ്ധി അതായത് സമാധി എന്ന് വെച്ചാൽ എന്താ അർത്ഥം സമാധി എന്ന് വെച്ചാൽ ആത്മാ എന്നാണ് അർത്ഥം സമാധി ഇസ് നോട്ട് എ സ്റ്റേറ്റ് ഇറ്റ് ഇസ് ട്രൂത്ത് ട്രൂത്ത് ഇസ് നവർറ്റ് സ്റ്റേറ്റ് ഇസ് നവർ ട്രൂത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വന്നു പോണതാണ് ട്രൂത്ത് സത്യം അവസ്ഥയല്ല അവസ്ഥകളൊക്കെ വന്നും പോകും പക്ഷെ സത്യം എപ്പോഴും ഉള്ളതാണ് അത് മാറാതെ പരിണമിക്കാതെ വികാരപ്പെടാതെ നിൽക്കുന്നതാണ് സത്യം അങ്ങനെ ഒരേ ഒരു അനുഭവമേ നമുക്കുള്ളൂ അഹം അസ്മി എന്നുള്ള അനുഭവം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ആ അസ്തിവം സത്യം മാറാതെ ഉള്ള വസ്തു സത്ത് ചിത്ത് ആനന്ദ സ്വരൂപമായിട്ടുള്ള അവബോധം ആ അവബോധത്തിന്റെ മറ്റൊരു പേരാണ് സമാധി സമാധി ഒരു വർബാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ സമാധി വാസ്തവത്തിൽ ഒരു നൌണാണ് അത് വർബല്ല സമാധി എന്നുള്ളത് ഒരു നൌണാണ് വെർബല്ല സമാധി എന്നുള്ളത് ആത്മാവിന്റെ മറ്റൊരു പേരാണ് എന്നുവെച്ചാൽ മനസ്സ് നിശ്ചലമായിട്ട് നിൽക്കുമ്പോ നമ്മളുടെ ഒറിജിനൽ സ്റ്റേറ്റ് നാച്ചുറൽ സ്റ്റേറ്റ് പ്രകാശിക്കുമ്പോൾ നമ്മൾ അതിനെ സമാധി എന്ന് വിളിക്കണം ക്രമേണ അത് സഹജമായി കഴിഞ്ഞാൽ മനസ്സ് പ്രവർത്തിക്കുന്ന മണ്ഡലം അണ്ണാച്ചുറലും അത് നാച്ചുറലുമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സമാധി സ്വരൂപമാണ് അത് നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ് നമ്മളുടെ സ്വരൂപ സ്ഥിതിയാണ് ബുദ്ധി തനിക്ക് നേരെ തിരിഞ്ഞാൽ ജീവിതത്തിന്റെ ലക്ഷ്യം ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് അറിയുന്നതാണെങ്കിൽ ഞാൻ എന്താണ് എന്ന് സദാ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചിത്തം അന്തർമുഖമായി ഈ ഒരു വിചാരം ഞാൻ ആര് എന്റെ സ്വരൂപം എന്ത് എന്നുള്ള വിചാരം അങ്ങനെ കയറി പിടിച്ചാൽ നമ്മളെ കയറി പിടിച്ചാൽ അത് ഗുരു കൃപയാണ് നമ്മളായിട്ട് പരിശ്രമിച്ചു ചെയ്യണത് വശം ഭഗവാനായിട്ട് നമ്മളെ കയറി പിടിക്കുന്നു ആത്മവിചാരൂപത്തിൽ ആത്മവിചാരം എന്ന് വെച്ചാൽ ഞാൻ ആരാണ് ഉള്ളിലിങ്ങനെ തുരു തുരു തുരു തുരു തുരെ ഈ ചോദ്യം പൊന്തും ഞാൻ ആരാണ് ഞാൻ ഈ ശരീരം അല്ലല്ലോ മനസ്സോ ബുദ്ധിയോ ഒന്നും ഇതിനകത്തെ സദാ എന്തോ ഒന്നും സ്ഫുരിക്കുന്നുവല്ലോ ഞാൻ ഉണ്ട് ഉണ്ട് ഉണ്ട് അതിന്റെ സ്വരൂപം എന്താണ് ഈ ഞാൻ എന്നുള്ളത് എന്താണ് ദേഷ്യപ്പെടുമ്പോ പുകഴ്ത്തുമ്പോ മറ്റൊക്കെ ഈ സ്ഫൂർത്തി ഉള്ളിൽ അറിയുന്നുണ്ട് ഞാൻ ഉണ്ട് എന്നുള്ളത് ആ അഹം വൃത്തി അതിനെ ഗ്രസിച്ചുകൊണ്ട് തന്നെ സദാ മൂലാന്വേഷണം കെനറ്റിൽ നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെ അന്വേഷിക്കാൻ ശ്വാസമടക്കി പിടിച്ച് മുങ്ങണ പോലെ ഉള്ളിൽ അന്വേഷിക്കണമെന്നാണ് കൂപ്പേ യഥാ ഗാഠജലേ തഥാ അന്തർമജ്യ ബുദ്ധിയ നിതാന്തം പ്രാണം ചാചം ചിയമ്യൻ ചിന്വൻ വിന്തേത് നിജ അഹങ്കൃതി മൂലരൂപം ഈ അഹങ്കൃതിയെ മൂലാന്വേഷണം ചെയ്തുകൊണ്ടേയിരുന്നാൽ അഹങ്കാരം വാസ്തവമായിട്ടുള്ളതല്ല അവിടെ ഏകവും അദ്വയവുമായ ഒരു പ്രജ്ഞ മാത്രമേ ഉള്ളൂ എന്നത് എന്നുള്ളത് അല്പമൊന്ന് തെളിഞ്ഞാ പോലും സ്വൽപമപ്യസർമ്മോ ഭയ ഒരു ഗ്ലിംസ് കിട്ടിയാ പോലും ഇയാള് വളരെയധികം ഭയത്തിൽ നിന്ന് വിമുക്തനാവും മാത്രമല്ല അതിനെ ജീവിത ലക്ഷ്യമായി അംഗീകരിച്ചുകൊണ്ട് ഈ ലക്ഷ്യം ഒന്ന് തെളിഞ്ഞു ഇപ്പൊ നമുക്കൊക്കെ ഏകദേശം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ടുള്ളവർക്കൊക്കെ ശരീരം വേറെ ഞാൻ എന്നുള്ളത് വേറെ തെളിഞ്ഞിട്ടുണ്ടാവും അനുഭൂതി വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ അനുഭവം അവിടെ നിൽക്കട്ടെ അനുഭൂതി വന്നിട്ടില്ലെങ്കിൽ പോലും വ്യക്തമായിട്ട് സിദ്ധാന്തപരമായിട്ടെങ്കിലും തെളിഞ്ഞിട്ടുണ്ടാവും ഞാൻ എന്നുള്ളത് വേറെ ശരീരം എന്നുള്ളത് വേറെ ശരീരം മനസ്സ് ഇതൊന്നും ഞാനല്ല ഞാൻ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഏതോ ഒന്നാണ് എന്ന് തെളിഞ്ഞാൽ തന്നെ ഇനി ഉറച്ചു ഇനിയിപ്പോ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ ഒന്ന് അംഗീകരിച്ചു രാഗം ദ്വേഷവും ഒക്കെ കൂട്ടും ഈ ഞാൻ എന്നുള്ളത് മങ്ങിമങ്ങി പോണു കാമം ക്രോധമൊക്കെ വർദ്ധിക്കും തോറും നമ്മൾ തന്നെ കാണും സത്സംഗത്തിലോ അല്ലെങ്കിൽ ആത്മവിചാരത്തിലോ ഏർപ്പെടുന്ന ശാന്തി പ്രവൃത്തിയിൽ രാഗദ്വേഷം ഉണ്ടായാലോ കാമക്രോധം ഉണ്ടായാലോ അല്ല ഫലത്തിനെ ഒരുപാട് ചിന്തിച്ച് വ്യാകുലനായാലോ ഈ ശാന്തി നഷ്ടപ്പെടുന്നു അപ്പൊ നമ്മളുടെ തന്നെ നാച്ചുറലായിട്ടുള്ള ഇന്റലിജൻസ് അത് ഉള്ളിൽ പ്രവർത്തിച്ചിട്ട് നമ്മളുടെ തന്നെ നിസർഗമായ ബുദ്ധി അത് ഉള്ളിൽ പ്രവർത്തിച്ച രാഗദ്വേഷങ്ങളെയും സ്വാർത്ഥതയും കാമക്രോധാദികളെയും ഒക്കെ പുറന്തൊള്ളുന്നു ഒരു ഇമ്മ്യൂണിറ്റി ശരീരത്തിന് ഉണ്ടാവണതല്ലേ നല്ലത് നമ്മളായിട്ട് എപ്പോഴും മരുന്ന് കൊടുക്കുന്നതിനെക്കാളും ആ ഇമ്മ്യൂണിറ്റി ഉള്ളിലുണ്ടായാൽ വ്യാധികൾ വരുമ്പോ അത് തന്നെ റെസിസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഉള്ളില് ഈ സ്ഫൂർത്തിയെ തെളിച്ചെടുത്ത് ഒരു ശാന്തി മനഃപ്രസന്നത അനുഭവിക്കുന്നു സത്സംഗത്തിൽ അതാണ് സത്സംഗത്തിൽ നമ്മൾ അറിയാതെ ഒരു പ്രസന്നത അനുഭവിക്കുന്നു ഇത് നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ് ആണ് നമ്മളുടെ യഥാർത്ഥ സ്ഥിതിയാണ് ഈ യഥാർത്ഥ സ്ഥിതിയോടുകൂടെ വീണ്ടും ലൗകിക ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നു കുറച്ചു കഴിയുമ്പോ ചലിപ്പിക്കും നമ്മളെ വിഷമിപ്പിക്കും വീണ്ടും ചലിപ്പിക്കും പക്ഷേ നമ്മൾ മാറിപ്പോയിരിക്കണം എന്താ മാറിപ്പോയിരിക്കണെന്ന് വെച്ചാൽ വിദ്യാരണ്യസ്വാമികൾ പറയുന്നു അറിവില്ലാതെ ലോക വിഷയത്തിൽ വീഴുന്നവനും ഇത് അറിഞ്ഞിട്ട് വീഴണവനും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ അറിഞ്ഞവനറിയാം തനിക്ക് നഷ്ടപ്പെട്ടു എന്നറിയാം അറിവില്ലാത്തവന് തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെ അറിയില്ല ഈ അറിവുള്ളവന് ഇതിന്റെ രുചി കണ്ടതുകൊണ്ട് ഈ ശാന്തിയാണ് തന്റെ യഥാർത്ഥ സ്ഥിതി എന്ന് അറിയണത് കൊണ്ട് രാഗദ്വേഷം ഉണ്ടാവുമ്പോഴോ അസൂയ ഉണ്ടാവുമ്പോഴോ ദേഷ്യപ്പെടുമ്പോഴോ അഹങ്കരിക്കുമ്പോഴോ ഫലത്തിനെ കാമിക്കുമ്പോഴോ തനിക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ളത് കാണും ബാക്കിയുള്ളവർക്കല്ല തനിക്ക് സ്വതസിദ്ധമായിട്ടുള്ള ശാന്തി നഷ്ടമാവുന്നതായിട്ട് ഇയാളുടെ തന്നെ ബുദ്ധി കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കുമ്പോ അയാൾ ഇനിമേലാൽ ജീവിതത്തിൽ ജാഗ്രതയോടുകൂടെ പതുക്കെ പതുക്കെ പലവട്ടം വീഴുവായിരിക്കും പക്ഷെ എത്ര പ്രാവശ്യം വീണാലും ഇയാൾക്കായിട്ട് ഒരു ഇന്റലിജൻസ് ഉള്ളിൽ വെച്ചു കഴിഞ്ഞു മറ്റുള്ളവർക്കല്ല നഷ്ടം തനിക്കാണ് നഷ്ടം എന്ന് അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് പതുക്കെ പതുക്കെ പതുക്കെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നൊക്കെ വിട്ടു നിൽക്കാൻ തുടങ്ങും അങ്ങനെ വിട്ടു നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അയാൾ ഇഷ്ടപ്പെട്ട് ലോകവിഷയത്തിൽ പ്രവർത്തിക്കില്ല നിവൃത്തിയില്ലാതുകൊണ്ട് ചിലപ്പോഴൊക്കെ പ്രവർത്തിച്ചു വരും അപ്പോ ഒരു അവസരം കിട്ടിയാൽ അത് വിട്ടുപോകും ഇങ്ങനെ ക്രമേണ വിട്ടുപോകുമ്പോൾ ദുഃഖം ഉണ്ടാവില്ല ചിലർക്കൊക്കെ അറിവില്ലാത്തവർക്ക് എന്താ വിഷമം എന്ന് വെച്ചാൽ അവർ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഭോഗവസ്തുക്കൾ അവർ വിട്ടുപോയാൽ ദുഃഖിക്കും അറിവുള്ളവൻ ദുഃഖത്തോടുകൂടെയാണ് ഭോഗത്തിന് അനുഭവിക്കുന്നത് അത് വിട്ടുപോണില്ലല്ലോന്ന് അയാളെ അത് വിട്ടുപോയാൽ അയാളെ സന്തോഷിക്കും ആ നന്നായി ഞാനായിട്ട് വിടണം അതിന് പേരും അത് വിട്ടുപോയല്ലോ വളരെ സന്തോഷം ഓരോന്ന് വിട്ടുപോകുമ്പോഴും അയാൾക്ക് റിലീസാണ് റിലീഫാണ് ശാന്തി വിശ്രാന്തിയാണ് അതുകൊണ്ട് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഈ ബന്ധത്തിന്റെ ഭയങ്കരമായ ഗ്രിപ്പിൽ നിന്ന് വിട്ടുവരാൻ പറ്റും ഇതാർക്ക് സാധിക്കും ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് ശ്രവണം ചെയ്തിട്ടുള്ള ആൾക്ക് അപ്പൊ ശ്രവണം ചെയ്ത ആൾക്കും ശ്രവണം ചെയ്യാത്ത ആൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട് ശ്രവണം ചെയ്ത ആളും ശ്രവണം ചെയ്യാത്ത ആളും ഒരുപക്ഷെ ലൗകിക വ്യവഹാരത്തിൽ തുല്യരായിരിക്കും ഒരുപക്ഷെ ശ്രവണം ചെയ്തിട്ടുള്ളവൻ ലൗകിക വ്യവഹാരത്തിലുള്ള പല ആളുകളെക്കാളും മോശമായിരിക്കാം എന്നാൽ പോലും ഇയാൾക്ക് എത്തേണ്ട സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു മറ്റേ ആൾക്ക് അറിയില്ല അറിയാതെ കാശിക്ക് പോയിട്ട് കാര്യമില്ല തുണിക്കച്ചവടത്തിന് കാശി വരെ പോയിട്ട് വന്ന ആളുകളെ എനിക്കറിയാം വാരാണസി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തുണിക്കച്ചവടം ചെയ്തിട്ട് തിരിച്ചു വന്നവർ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ എന്താ വിശ്വേശ്വര ക്ഷേത്രത്തിൽ പോയില്ലേ ചോദിച്ചു അയ്യ അത് കാശിയല്ലേ ഞങ്ങൾ വാരാണസിയിലേക്കാണോ പോയതോന്നത് പറഞ്ഞപ്പോ വാരാണാസി തന്നെയാണ് കാശി ഇത് അയ്യവോ അറിഞ്ഞില്ലല്ലോ സ്വാമി എന്ന് അറിവില്ലാതെ അവിടെ വരെ പോയിട്ട് പ്രയോജനമില്ലാതെ തിരിച്ചു അറിയുന്ന ആൾക്ക് ഇവിടുന്ന് അയാൾ ഒരു അവിടെ പോയിട്ട് പ്രയോജനമില്ലാതെ തിരിച്ചു വന്നാലും ഇയാൾക്ക് ലക്ഷ്യമെത്തിയതുകൊണ്ട് മെനക്കെട്ടിടങ്കിലും അങ്ങോട്ട് പോകും അപ്പൊ ഈ ലാഡറിൽ എവിടെ നിൽക്കണു എന്നുള്ളതല്ല മുഖ്യം എത്ര നല്ലവൻ എത്ര ചീത്തവൻ എന്നുള്ളതല്ല മുഖ്യം ഈ ലക്ഷ്യം കേട്ടു കഴിഞ്ഞുവോന്നുള്ളതാണ് പ്രധാനം അപ്പൊ സത്സംഗത്തിനൊരു പ്രയോജനം ഉണ്ടോ ഇല്ലയോ ഈ ലക്ഷ്യം നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കേട്ടുകഴിഞ്ഞാൽ വെല്ലുവിളിക്കുകയാണ് ആർക്കെങ്കിലും ഇത് അല്ല എന്ന് പറയാൻ പറ്റുമോ ഇത്രയും നാള് നിങ്ങളുടെ അടുത്തൊന്നും ഒന്നും വിശ്വസിക്കാൻ പറഞ്ഞില്ല പതിനൊന്ന് ദിവസം സുവ്യക്തമായിട്ട് ശ്രുതി യുക്തി അനുഭവപൂർവ്വകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നും എന്റെ കാര്യവുമല്ല നിങ്ങളുടെ കാര്യവുമല്ല ഭഗവാൻ വ്യക്തമായി ഗീതയിലും ഉപനിഷത്തുകളിലും ആചാര്യസ്വാമികളും ഭഗവാനും പറഞ്ഞിട്ടുള്ള യുക്തികൾ നിരത്തി ജീവിതത്തിന്റെ ലക്ഷ്യത്തിനെ നമ്മൾ ഈ പതിനൊന്ന് ദിവസമായിട്ട് നിരൂപണം ചെയ്തിരിക്കുകയാണ് ഇതല്ലാന്ന് സ്ഥാപിക്കാൻ വിവരമുള്ള ആൾക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് സാധ്യമേ അല്ല കാരണം ഇവരുടെ വിശ്വാസം ഒന്നും ആരുടെ അടുത്ത് നിങ്ങൾ വിശ്വസിക്കണം എന്നൊന്നും പറഞ്ഞില്ല കൺവിൻസ് ചെയ്യണം നിരൂപണം ചെയ്ത് ഉറപ്പിക്കുകയാണ് ഇത് ഉറച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ പിന്നെ അതിനെ മറക്കാൻ പറ്റും അല്ല ചോദിക്കുക എങ്ങനെ മറക്കാൻ പറ്റും ഉറച്ചു കഴിഞ്ഞാൽ മറക്കാൻ പറ്റുമോ നമുക്കൊരു കാര്യം ഉറച്ചു കഴിഞ്ഞു നമുക്ക് ഒരു കാര്യം നല്ലവണ്ണം അറിയാം നമ്മളുടെ വീട്ടിലേക്ക് പോണം എന്നുള്ളത് ഇപ്പൊ വഴിയോ ഒക്കെ നിശ്ചയമുണ്ട് ഇനി പ്രഭാഷണം കഴിഞ്ഞിട്ട് ആരുടെങ്കിലും ചോദിക്കണോ അല്ലെങ്കിൽ സംശയിക്കുവോ പോണോ വേണ്ടോന്ന് ഉറച്ച് ഉറപ്പാണ് നമുക്കത് അതുപോലെ ഇതാണ് ലക്ഷ്യം എന്ന് അറിഞ്ഞു ഇനിയിപ്പൊ നമ്മളുടെ ദൗർബല്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തൊക്കെ ദൗർബല്യം ഇരിക്കട്ടെ നമ്മൾക്ക് സാധന ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഇത് വീണ്ടും ഇതിലേക്ക് പരിശ്രമിക്കുക അല്ല ഈ ജന്മത്തിൽ മറന്നുകളയ്യേ ഈ പതിനൊന്ന് ദിവസം കേട്ടത് മറന്നു കളഞ്ഞിട്ട് പിന്നെയും വേറെ വഴിക്ക് പോയി എന്തു വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് സാധ്യമല്ല ഈ പതിനൊന്ന് ദിവസം കേട്ടത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ ഒരാൾക്കും സാധ്യമല്ല സാധ്യമല്ല വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞു ഈ ബ്രഹ്മവിദ്യ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അതിനി പുറത്തു പോകില്ല കാരണം അത് കടക്കുന്നത് നമ്മളുടെ തീരുമാനം കൊണ്ടല്ല കടക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു നിയമമാണ് ഒരു ജീവന്റെ ഒരു ജീവിതത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത് ഉള്ളിൽ കടക്കും ഈ വിദ്യ ഈ വിദ്യ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അത് പോവില്ല അത് ചിലപ്പോ നമ്മൾ പക്വമായിട്ടില്ലെങ്കിൽ ഉള്ളിൽ കിടക്കും അതിന് ഉത്തമ ഉദാഹരണം അർജുനൻ തന്നെ അർജുനൻ ഭഗവത്ഗീത കേട്ടു നമ്മളുടെ പല ആളുകളും പറഞ്ഞു ഗീത കേട്ടിട്ടൊന്നും ഓർമ്മയില്ലല്ലോ നാം പേടിക്കേണ്ട അർജുനൻ തന്നെ എങ്ങനെയായിരുന്നു മുഴുവൻ ഗീത കേട്ടിട്ട് മഹാഭാരതത്തിൽ അർജുനൻ ഒരു ദിവസം വൈകുന്നേരം ഭഗവാന്റെ കൂടെ ഒരു ഈവനിങ് വാക്കിന് പോയി അപ്പൊ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അന്ന് എന്തൊക്കെയോ പറഞ്ഞുവല്ലോ അദ്ഭുതമായിട്ടുള്ള ഒരു ശാസ്ത്രം അതെനിക്ക് ഒരിക്കൽ കൂടെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ അർജുനനെ നോക്കി ചിരിച്ചു എന്താന്ന് വെച്ചാൽ ഗീത പറയുമ്പോഴുള്ള അർജുനൻ എവിടെ എപ്പോഴുള്ള അർജുനൻ എവിടെ അന്ന് ഗീത കേൾക്കുമ്പോൾ അർജുനന് ചാതക പക്ഷിയെ പോലെയാണ് മഴവെള്ളത്തിന് കാത്തിരിക്കുന്ന ജാതക പക്ഷിയെ പോലെ അത്ര കണ്ട് ദുഃഖം ഇതല്ലാതെ വേറെ വഴിയില്ല ഷാതിമാം ത്വാം പ്രപന്നം എന്നാണ് ശരണാഗതി അപ്പൊ കേൾക്കണത് മുഴുവൻ മെഴുകി പക്ഷെ ഇപ്പോഴുള്ള അർജുനൻ വൈകുന്നേരത്തെ കാപ്പിയും പലഹാരവും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ പോകുമ്പോ ഒരു എന്റർടൈൻമെന്റ് നമ്മൾ പലതും കേൾക്കാൻ പോണ പോലെ എന്നാ ഒന്ന് പറയും നോക്കട്ടെ എന്നാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഭഗവാൻ പറഞ്ഞു അന്നത്തെ അർജുനൻ ഇന്നില്ല അതുകൊണ്ട് അന്നത്തെ കൃഷ്ണനും ഇന്ന് വരില്ല അന്നത്തെ അർജുനനാണ് അന്നത്തെ കൃഷ്ണനെ ഉണ്ടാക്കിയത് അപ്പൊ അർജുനൻ പറഞ്ഞു അപ്പൊ ഞാൻ കേട്ടതൊക്കെ എനിക്ക് നഷ്ടമായി പോയോ അർജുനനോട് ഭഗവാൻ പറഞ്ഞു അത് മാത്രം സാധ്യമേ അല്ല തനിക്ക് എന്ത് വേണമെങ്കിലും നഷ്ടമാവും പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ് ആ സത്യം നഷ്ടമാവുകയില്ല ഒരു മഹാത്മാ പറഞ്ഞു നിസർഗദത്താ മനസ് അദ്ദേഹത്തിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു നിങ്ങൾ പറയുന്ന വാക്കുകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല സപ്പോസ് ഇഫ് ഐ ഡോൺ ബിലീവ് ഇൻ ഇറ്റ് വാട്ട് വിൽ ഹാപ്പൻ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു മൈ വേർഡ്സ് ആർ ട്രൂത്ത് ഇറ്റ് ഡസ് നോട്ട് നീഡ് എനി ഹെൽപ്പ് ഫ്രം യുവർ ഫെയ്ത്ത് ഓർ ബിലീവ് ഫോർ ഇറ്റ് ടു ഓപ്പറേറ്റ് ഇറ്റ് വിൽ ഫോഴ്സ്ഫുള്ളി ഓപ്പറേറ്റ് വെതർ യു ബിലീവ് ഓർ നോട്ട് നീ വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി അത് സത്യമാണ് അത് ഉള്ളിൽ കടന്ന് പ്രവർത്തിച്ചുണ്ട് അർജുനനോടും ഭഗവാൻ അത് തന്നെ പറഞ്ഞു സഹിധർമ്മ സുപര്യാപ്ത ബ്രഹ്മണ പദവേദന ഞാനൊന്ന് പറഞ്ഞതുണ്ടല്ലോ അത് പൂർണ്ണമാണ് അത് തന്നെ തന്നെ ബ്രഹ്മാനുഭവത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കും അതിന് സമയമാവണം എന്താ സമയത്തിന്റെ കുറവ് അർജുനന് എന്തിന്റെ കുറവായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ മഹാത്മാക്കളുടെയും ശിഷ്യന്മാർക്ക് പറ്റുന്ന അബദ്ധം അർജുനനും പറ്റി എന്താന്ന് വെച്ചാൽ മഹാത്മാക്കൾ അവരുള്ളത്തോളം കാലം ശിഷ്യന്മാരെ ഈ ഉപദേശങ്ങളിലേക്കൊന്നും തിരികയില്ല ആ ഗുരുവിന്റെ വ്യക്തിത്വ പ്രഭാവത്തിൽ വീണുപോകും ആ വ്യക്തിത്വ പ്രഭാവത്തിനെ കൊണ്ട് മാറ്റാൻ പറ്റില്ല അവരതിൽ തന്നെ പിടിച്ചു നിൽക്കും എത്ര തന്നെ ഉപദേശിച്ചാലും ഈ വ്യക്തിപ്രഭാവത്തിനെ അവർ മറക്കില്ല ബുദ്ധൻ മരിക്കാൻ കിടക്കുമ്പോൾ മഹാനിർവാണത്തിന് മുമ്പ് പരിനിർവ്വാണത്തിന് മുമ്പ് ബുദ്ധന്റെ ബന്ധുവാണ് ആനന്ദൻ പൂർവാശ്രമ ബന്ധുവാണ് ആനന്ദൻ ബുദ്ധന്റെ കൂടെ തന്നെ നടന്ന ആളാണ് അപ്പൊ ബുദ്ധൻ ആ കിടക്കണ കിടപ്പില് ഒരു ചെറുപ്പക്കാരൻ വന്നു ബുദ്ധന്റെ മുമ്പിൽ വന്നിരുന്നു അപ്പൊ ബുദ്ധൻ ഒരു പുഷ്പം എടുത്തിട്ട് ആ ചെറുപ്പക്കാരന്റെ മേത്തേക്ക് അങ്ങനെ ഇട്ടു അയാള് കുറേ നേരം ആ ഒരു സമാധി അവസ്ഥയിലിരുന്നു അത്ര ഇതിനെ ഈ ആനന്ദൻ കണ്ടുകൊണ്ടിരുന്നു അപ്പൊ ആനന്ദൻ ബുദ്ധന്റെ അടുത്ത് കരഞ്ഞ് നിലവിളിച്ചു എത്ര വർഷമായി ഞാൻ അങ്ങയുടെ കൂടെ നടക്കുന്നു അമ്പത് അറുപത് വർഷം അമ്പത് വർഷമായി ആ നിർവ്വണത്തിന് ശേഷം കൂടെ നടക്കണം സദാ നടന്നു അങ്ങേ ശുശ്രൂഷിച്ചുകൊണ്ട് ഇരുന്നിട്ടും എനിക്ക് ഈ വസ്തു കിട്ടിയില്ലല്ലോ എന്ന് ബുദ്ധൻ പറഞ്ഞു ആനന്ദ തനിക്ക് തടസ്സം താൻ തന്നെയാണ് താൻ വിചാരിച്ചു ഞാൻ തദാഗതൻ തനിക്ക് എല്ലാം തരാൻ പറ്റുമെന്ന് വിചാരിച്ചു എന്നെ കൊണ്ട് സാധ്യമല്ല ഞാൻ സിദ്ധാർത്ഥൻ ഞാൻ ഈ സത്യത്തിനെ അന്വേഷിച്ചു കണ്ടെത്തി അതുകൊണ്ട് എന്നെ ബുദ്ധൻ എന്ന് വിളിക്കുന്നു ഇതുപോലെ നീയും അന്വേഷിക്കണം കണ്ടെത്തണം വേറെ ആർക്കും സഹായിക്കാൻ പറ്റില്ല ഓരോരുത്തരും അന്വേഷിച്ച് കണ്ടെത്തണം അർജുനൻ ഭഗവാൻ പോകുന്നവരെ ഭഗവാൻ ഉണ്ടല്ലോ എന്തു വേണമെങ്കിൽ ചോദിക്കാമല്ലോ എന്നായിരുന്നു ഭഗവാൻ തിരോധാനമായപ്പോ ഭാഗവതത്തിൽ പ്രഥമസ്കന്ധം അർജുനൻ കരഞ്ഞു നിലവിളിച്ചു അവിടെ ഒരു അർജുന വിഷാദ യോഗമുണ്ട് അർജുനൻ ഒരുപാട് കരഞ്ഞു അന്ന് ഗീത പറഞ്ഞു ഗീത ഉപദേശിക്കാൻ കൃഷ്ണൻ വെളിയിൽ കൃഷ്ണൻ ഇല്ല പക്ഷെ ഗീത മുഴുവൻ ഉള്ളിലുണ്ട് അർജുനൻ കുറെ കരഞ്ഞു കഴിഞ്ഞപ്പോ ശോകന ശുഷ്യത്വദന ഹൃത്സരോജോ ഹതപ്രഭവ ശോകം കൊണ്ട് നാക്കൊക്കെ വറ്റിപ്പോയി ശക്തിയൊക്കെ ക്ഷയിച്ചുപോയി ഇങ്ങനെ ക്രമേണ വാസുദേവാഘ്രി അനുധ്യാന പരിഭൃംഹിതരംഹസാ ഭക്ത നിർമ്മിത ശേഷ കഷായണോർജുന ഗീതം ഭഗവത ജ്ഞാനം യത്തത് സംഗ്രാമമൂർദ്ധനി കാലകർമ്മ തമൂരുദ്ധം പുനരധ്യഗമത് പ്രഭു കുറേ അങ്ങോട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോ ഭഗവാൻ വിട്ടിട്ട് പോയല്ലോ ഭഗവാൻ എന്നെ ഉപേക്ഷിച്ചുവല്ലോ എന്ന് കുറേ കരഞ്ഞപ്പോ ഉള്ളിലുള്ള വാസനകളൊക്കെ പോയി ഭഗവാന്റെ ദിവ്യരൂപം അങ്ങോട്ട് ഉള്ളുന്ന രൂപവും അങ്ങോട്ട് മറഞ്ഞു കഴിഞ്ഞപ്പോ അവജാനത്തിമാം മൂഢാഹമാനുഷീം തനും ആശ്രിതം അഹമാത്മാ ഗുടാകേശ സർവഭൂതാശയസ്ഥിത ഹൃദയത്തില് ഭഗവാൻ ഉപദേശിച്ച ജ്ഞാനം അർജുനന് ശുദ്ധമായിട്ട് പ്രകാശിച്ചു വിഭും തമേവ അനുധ്യായന് ഭഗവാനെ ധ്യാനിച്ചു കരഞ്ഞതുകൊണ്ട് ഉള്ളിലുള്ള വാസനകളൊക്കെ പോയി സംഗ്രാമൂർധനി ആ കുരുക്ഷേത്ര ഭൂമിയിൽ ഉപദേശിച്ച ബ്രഹ്മവിദ്യ മുഴുവൻ ഹൃദയത്തില് പ്രകാശിച്ചു വിശോകോ ബ്രഹ്മസമ്പത്തിയാ ശോകം മുഴുവൻ അകന്നു ബ്രഹ്മസമ്പത്തി ഉണ്ടായി അർജുനന് ബ്രഹ്മസമാധി ഉണ്ടായി അർജുനന് ഉള്ളിലുള്ള ദുഃഖം മുഴുവനകുന്നു ഇത്രകാലം എന്തുകൊണ്ടാ ജ്ഞാനം പ്രകാശിച്ചില്ലാന്ന് വെച്ചാൽ കാലകർമ്മ തമോരുദ്ധം പ്രാരബ്ധ കർമ്മവാസനകൾ അത് പൂർണ്ണമായി ഒഴിയാത്തതുകൊണ്ട് ഒരു ഇരുട്ട് പോലെ ആവരണമായി ഉള്ളിൽ കിടന്ന് ജ്ഞാനത്തിനെ പൂർണ്ണമായി പ്രകാശിക്കാൻ അനുവദിക്കാതെ കിടന്നു പക്ഷേ ഭഗവാൻ ഉപദേശിച്ച് ജ്ഞാനം ഉള്ളിൽ ചെന്നിട്ട് ആ വാസനകളെ ഒന്നൊന്നായി മിഴുങ്ങി നമ്മളുടെ ഉള്ളിലിപ്പൊ കിടക്കണ ജ്ഞാനമുണ്ടല്ലോ അത് ഉള്ളിൽ ചെന്ന് അത് പ്രവർത്തിക്കും നമുക്കറിയില്ല നമുക്കറിയാത്ത പ്ലെയിനിലത് പ്രവർത്തിച്ച് വാസനകളെ കുറച്ച് കുറച്ചായിട്ടും അരിച്ചരിച്ച് മെഴുങ്ങുവതും അവസാനം വാസനാശൂന്യമായ ചിത്രത്തിൽ ആ വസ്തുജ്ഞാനം പ്രകാശിക്കും അർജുനന് പ്രകാശിച്ച പോലെ ഇതാണ് വ്യവസായാത്മിക ബുദ്ധി നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഈ വ്യവസായാത്മിക ബുദ്ധി ഉണ്ടെങ്കിൽ മതി ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം എന്ന് നിശ്ചയിച്ചിട്ട് ഇനി പ്രവൃത്തി മണ്ഡലത്തില് ഭഗവാൻ ശരണാഗതിയോടുകൂടെ ശാന്തിയോടുകൂടെ നിശ്ചലമായ അന്തരംഗത്തോടുകൂടെ ശരണാഗതി ഭാവത്തോടുകൂടെ പ്രവർത്തിക്കാം ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കൊളും അടുത്ത വർഷം ഇതേപോലെ സന്ദർഭത്തിൽ ഭഗവത്ഗീതയും സന്ദർശനവും നമ്മൾ കാണുന്നതാണ് ഇവിടെ പതിനൊന്ന് ദിവസമായിട്ട് നടന്നുവന്ന ഈ ഗീതായജ്ഞം കേട്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിൽ ശാന്തി ഉണ്ടാവട്ടെ ഭഗവത് പ്രസാദം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഭഗവാന്റെ പാദത്തിൽ തന്നെ നമ്മൾ അർപ്പിക്കുകയാണ് എറണാകുളത്തപ്പന്റെ പാദത്തിൽ അർപ്പിക്കുകയാണ്